ിൽ മുറീദിൻ മീം ഒരാൾക്ക് പഠിപ്പിക്കുന്ന മാലിന്യം മാലിന്യം നല്ല മദർസിലേക്ക് പോയിട്ട് നടക്കുന്ന ഓർമ്മ ഒന്നിച്ചൊക്കെ ഒന്നും വേണ്ട ആരാരെ പഠിപ്പിക്കുന്ന ഓ മാലിമാണ് വിഷയം പഠിപ്പിച്ചാൽ ഇപ്പൊ മാലല്യം എന്ന് പറയുമ്പോൾ നേരെ മനസ്സിലേക്ക് മനസ്സു പോകുക ആ കപ്പിയിലിട്ട് അയ്യെല്ലാത്തിയിട്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് കീഴിലൊരിക്കറ്റ് അങ്ങനെ നടക്കുന്ന അതാ നിങ്ങൾ അങ്ങനെ നടക്കൊന്നുമില്ല ആരെ ആരെ പഠിപ്പിച്ചു ഓ മാലിന്യമാണ് പക്ഷെ ഇവിടെ മുറിശിതായ മാലിന്യം എന്നത് ഒരു എറിഷാദിന്റെ കാര്യം പഠിപ്പിക്കുന്ന ഒരാളാണ് ഒരാൾക്കൊരു കൈക്കൂട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന അയാളും മാലിന്യം അപ്പം ചൂടാൻ പഠിപ്പിച്ച അയാളും മാലിന്യം തന്നെയാണെന്നല്ല നിങ്ങൾക്കില്ലാത്ത അറിവ് ഞാൻ ഉണ്ടാക്കി തരാൻ മാലിന്യത്തിന്റെ അർത്ഥമുണ്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇബ്രാൻ പറയുന്നു ഞാൻ ഒരു പഴയ വണ്ടി വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെല്ലാവരും ഡ്രൈവറാണെന്ന് പഠിപ്പിക്കുന്നത് അപ്പൊ ഇബ്രാഹിം അയാന്ന് മാലിന്യം ഡ്രൈവറാണ് മുസാൻ ലിമെന്ന് പറഞ്ഞാൽ മറ്റേ മനസ്സിൽ മനസ്സോടുന്നത് പോലെ ഔരിയെന്നു പറഞ്ഞാൽ ചില ചില മനസ്സോടലുണ്ട് വെറുപ്പിലേക്ക് ഔര്യാന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് പച്ച തള്ളിക്കെട്ടങ്ങൾ വെട്ടി താടിഞ്ഞും വെച്ചി ഇങ്ങനെ അനിയത്തോടുകൂടി വരുന്ന ഒരാളാണ് ഔലിയ അപ്പോ അദ്ദേഹം പാലിക്കാനുള്ള പല കാര്യങ്ങളുണ്ട് എന്നാൽ ആ പഠിപ്പിക്കൽ വിജയിക്കൂലിന്റെ വിഷയത്തിന് ഒരാൾക്ക് നാല് ഹാലുണ്ട് അതേപോലെ തന്നെ കഹാരത്തിൻ്റെ അംബാൽ സ്വത്തുകൾ സമ്പാദിപ്പിച്ച് ഊഷിക്കുന്ന ആളെപ്പോൾ തന്നെ ഓർക്കൊണ്ടു നാടി അവിടെ പൈസക്ക് ബകരം ഇരുമ്പുണ്ട് നടപടും ഇത് ഇതാഹരണം ഈ സാഹിബിൻ മാലി സാഹിബൽ മാല ഹിഫാദത്തിൻ ഇസ്തിഫാദത്തിന്റെ ഹാരി എന്ന് പറഞ്ഞാൽ ഭയക്കോന് മുക്തത്തിൽ ബന്ധാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരസ്ഥമാക്കാനുള്ളൊരു ഹാലുണ്ടല്ലോ അപ്പൊ ഈ തമ്മിലേക്ക് വന്നു ചേരണ്ടേ പഴയ തന്നെ പണിയെടുക്കേണ്ട ആദ്യമോ മഹാന പിത്യസ രണ്ടാമത്തതോ ആ കെട്ടിയത് സൂക്ഷിക്കുന്ന ഒരവസ്ഥ നിമക്ഷ സ്വു കിട്ടിയാൽ നൂറ് റുപ്യ കിട്ടിയ നൂറ് അതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ പഴക്കൂനു പിഞ്ഞു കനഞ്ഞു ആ അതാണോ വാക്കി വെച്ചാൽ എന്തുണ്ട് ഇനി പിന്നെ ആരോടെ ചോദിക്കാനും പഴയൊന്നും പോണ്ടു മൂന്നാമത് മഹാനോന മുണ്ടി മൂന്നാമത്തത് ഇത് എടുത്തിട്ട് ചിലവാക്കേണ്ട പക്ഷെ സ്വന്തം കാര്യത്തിലേ ചിലവാക്കുന്നുള്ളൂ മൂന്നാമത്തെ ഹരി വാടകൊന്നും കിട്ടൂല നാലാമത്തത് മഹാഗ്രഹ ബതിലേ മറ്റൊന്ന് ബാതാക്കി കൊടുക്കുന്നു ഇപ്പൊ നാല് ഹര ഇല്ലേ ഒന്ന് സമ്പാദിക്കും ഒന്ന് സൂക്ഷിക്കും രണ്ട് മൂന്നാമത്തെ സ്വന്തം കാര്യത്തിന് ചിലവാക്കും ബാതാക്കും കൊടുക്കും ഒരു നാലാമത്തത് ബാതാക്കും കൂടെ കിട്ടും വളരെ എളുപ്പമുള്ള സംഗതിയാണ് പറഞ്ഞത് ഇന്ത്യ നേരം നിൽക്കണ്ട ഇത് ഈ മൊടലിന്റെ പകരം ഉണ്ടാക്കാൻ ഇത് മങ്ങോട്ട് അപ്പൊ ഇനിമ തേടാൻ പോകുന്ന ഒരവസ്ഥ ഇനിമ കിട്ടിയിട്ട് ഇവൻ ഒരു ആര്യമായ അവസ്ഥ അതുകൊണ്ട് അലഞ്ച് ചെയ്യുന്നൊരവസ്ഥ വേറെ പഠിപ്പിക്കേണ്ട അവസ്ഥ ഗുണമെന്റ് ഇതന്നെ കണ്ടത് ചിലപ്പോ ഇവൻ സ്വന്തം പഠിക്കാതെ കണ്ടെന്താക്കോ പൈസ വേറെ കൊടുത്തിട്ടു ഇവ പക്ഷേ കണ്ടിട്ട് ഞങ്ങൾ സ്വന്തം പഠിച്ച വേറെ കല്ലം അത് പറയാൻ ഇവർ സ്വദേശ സ്വന്തം വേറൊക്കെ ആ പൈസ കൊടുക്കൂല്ല ഒരാൾ ചോദിച്ചാൽ നിന്ന് പഠിപ്പിച്ചു സ്വന്തം കാര്യത്തിൽ മാത്രമേ നോക്കൂ കണക്ക് കൊടുക്കുന്നില്ല ആരൊക്കെ പൈസ എടുക്കുന്ന ആളില്ലേ പഠിപ്പിക്കുകയും അവൻ സ്വന്തം ആംബുലൻസ് ചെയ്യൂല അവർ സർട്ടിഫിക്കറ്റ് വാങ്ങി തോക്കിയില്ല അങ്ങനെ നടക്കുന്നുണ്ട് അതുപോലെ പൈസ ഉണ്ടാക്കി വെയിലും നടക്കും വേറെ അപ്പൊ അപ്പം ഇവൻ ഔദാര്യവാനം മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുമായി മാറി ഈ നാലാമത്തെ ഈ നാലിൽ നിന്ന് ഏഴാണ് ഏറ്റവും നല്ല മുന്തിയത് ഈ അവസാനത്തേത് എന്താ ഫിന്റെ അഹമാരി സകാലിക്കൽമു ഇതുപോലെ തന്നെ യുക്കത്തനാ കമാനൽ മാൽ ആണോ അതേമാതിരി മുതൽ എന്നുള്ള മതി എൽമിന് പകരാടവച്ചാൽ ഒന്ന് ഇൽ കേടാൽ അത് സമ്പാദിച്ചാൽ അങ്ങനത്തെ രംഗം രണ്ടാമത്തേതോ ഇൽമ് കലക്തമാക്കിട്ടവൻ അവിടെ വെച്ച് ഇനി വേറെ എന്തെങ്കിലും പോയി ചോദിക്കേണ്ടത് ആവശ്യമൊന്നും വരൂല്ല നേരത്തെ പൈസക്ക് ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ മതി അടുത്ത കിട്ടാബ് എല്ലാം നോക്കിയിട്ട് അതീലായില്ലേ മൂന്നാമത്തത് ഇത് ഇരുന്ന് ആളും ഉയർച്ചിട്ട് അതേ കൊണ്ട് അമൽ ചെയ്ത് ഇതെന്ത് ചെയ്യണം അതിന്റേതായ വളർ പോകുന്നവർ സ്വയം പ്രാവർത്തികമാക്കുന്ന മറ്റൊരവസ്ഥ നാലാമത്തത് വഹാർ തമസീർ ബാറാക്കുണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാഴ്ച ഉണ്ടാക്കുന്ന അവസ്ഥ നേരത്തെ ബാറാക്ക് പൈസ കൊടുക്കുമ്പോൾ ഔദാര്യവാനാകുന്നതിനാ ഒന്ന ചെറുപ്പ് കൂടുതലെന്ന് പറഞ്ഞ മാതിരി വഹു അഷറഫുല്ലഹ് അലിമ വ അമീരമ അപ്പോഴാണ് എന്താക്കി അറിഞ്ഞ് അവരും ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്തപ്പോ മൂന്ന് കാര്യം ചെയ്തു അപ്പൊ തെലപ്പ ഇവിടെ തെലപ്പില്ലാണ്ട് പിന്നെ അലിമ ഉണ്ടാവൂലല്ല അതിപ്പൊന്നും പറയേണ്ട അപ്പൊ അവൻകുട്ടിക്ക് പോയി തലമ വ അലിമ വീര പിന്നാളും കുട്ടി പറഞ്ഞോ ഇത് ഇതു മലക്കൂത്തി സമാവാസ് അവൻ ആണ് മലക്കൂത്ത് സമാവാസിൽ പേരെന്ത് അളീമായാണ് അമ്പയാക്കളെ പണിയാം അമ്പാക്കൾ തലമുറ പതിനെന്താക്കും ഓരോ മക്കളും പറ്റി ഇങ്ങോട്ട് ഇന്ന് നോക്കണം ഓരോ ഇരുമാനിക്കുമ്പോണ്ട് കിതാബുക്കു വേറെയും പോണ്ടം സീ അപ്പൊ സൂര്യന്റെ മാതിരിയായി ഇങ്ങനെ സ്വയം അതിന്റെ പ്രകാശം കൊണ്ട് വേറൊക്കെ പ്രകാശം കൊടുക്കുകയും ചെയ്യും തോതിൽ അല്ലേ ഇനി മറ്റൊരു വെക്കാൻ മിസ്സി കസ്ൂരിന്നും പറയാളെ പറ്റി എന്തുകൊണ്ട് അതിന് സ്വയം മണമുണ്ട് വേറാട് തൊട്ടാലേക്ക് മണം കിട്ടുകയും ചെയ്യും അതാണ് യുസയ്യബ് കൈറഹു പോലും ശരിയല്ലേ വല്ലതി ഞായഴമു വന ഞാമിരി ഒരാളുണ്ട് അപ്പൊ ഇത് പോയി തലബുണ്ട് അറിഞ്ഞിട്ടുണ്ട് അമരില്ല അല്ലെരില്ലത് യുസീബ് വൈറഹു ബേറാക്ക് ഉപകാരത്തിനെത്തുന്ന ഒരു നോട്ട് ബുക്ക് വലിയ അതിന് സ്വയം ഇല്ല ഒരുപാട് ഒന്നുമില്ല നോക്കിയാൽ നോട്ട് ബുക്ക് കാക്കറ്റ് ആണല്ലെങ്കിൽ കാക്കറ്റ് ഞാൻ പഠിച്ച പറയാതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞട്ടെ പക്ഷെ അത് രോഗം കണ്ട് വെച്ച മാറാക്കാൻ ലഭിക്കാൻ ബഹുമഖാലിൻ നിൽ ഈ ദത്തറാണെങ്കിലോ എരുമിനെ തൊട്ട് ഖാലി ഞാൻ അത് അല്പം ഇവിടെ ഉദാഹരണോ ഞാൻ എന്തിനേക്കാണോ തെച്ചപ്പോ മാത്രം ഒതുങ്ങി നിൽക്കണം ഇതായത് അത് വേറിയാന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ എല്ലാം ഡയമഴിക്ക് നാല് കാലുണ്ട് കാട്ടില കൂടലി പിന്നോ ഈ ആട്ടിനെ പൊന്നിച്ചാൽ തുന്നൽ പറയാൻ പറ്റൂലല്ല ഒരു വിശമത്രം പറയാം ആ ഒരു വിശാണിത് മറ്റേത് ഉപയോഗിക്കുന്നു യാനമോ വലായമോ വലായ വകൽ നിശന് അതുപോലെ അരമ്പോരേന്ന് വെച്ചോ വിശഷി ഭൈറഹ് വലായക്കോ അതുകൊണ്ട് വേറൊരു സാധനം മുറിക്കാനെന്തെങ്കിലും മുറിക്കുന്ന സാധനം ഉന്നത്തെ കിട്ടാൻ ഉത്താൻ നടക്കുന്ന കത്തിന്റെ കല്ലിലെ ഈ കല്ലോടെ എടുത്തിട്ടൊന്നും കുറിച്ചൊക്കെ അച്ച മുടി കൊയ്യൂല പക്ഷെ കത്തിക്ക് നല്ല അതിടലുണ്ട് കല്ലിന്റെ ഇറക്കണം തോലിൻ്റെ ഇറക്കണം ഉള്ളൻകാലും അവസാനത്തെ കല്ലടുന്നുണ്ട് അരക്കണം മൂച്ചുള്ള കാലിന് ഇവിടെയുണ്ട് അതൊരു മോഹൻമാറ്റി ആക്കി ആക്കി നോക്കുമ്പോൾ വൈദ്യുതി നോക്കുമ്പോ കഴിയുമ്പോൾ തോന്നില്ലേ പൊടി പൊടിച്ച് പൊടിച്ച് പൊടിഞ്ഞിട്ടിങ്ങനെ ഈ മണൽ പേപ്പർ കരച്ച ഒരു അതിന് കണക്കു പറഞ്ഞായിരുന്നു ഇത്ര പിന്ന വൺ വിപുറത്തുള്ളത്തി ടെക്സൂറ വഹിഞ്ഞാരിയത്തിൽ മറ്റൊരുദാഹരണം പറയാ സൂതി സൂതിക്ക് കുപ്പായില്ല തുണിയില്ല പേരില്ല എന്നൊന്നും ചക്സൊന്നുമില്ല പക്ഷെ അതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ കുടുംബക്കും ഇനി മറ്റൊരു ഉദാഹരണം വകുമാനത്തിൽ വിട്ടുബാഹി വിളക്കിന്റെ തിരിയില്ലേ ആ തിരി വലിയ തെറ്റരിക്കൂ അതിങ്ങനെ കെഞ്ഞ് കെഞ്ഞ് തീർന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടുന്നു അതവിടെ തീർന്നു ഇനി പറയുന്നത് ഒരാളെ പഠിപ്പിക്കാനേക്ക് എന്നാ വമ്പിത് ഉത്തരവാദിത്തത് കാരണം മറ്റൊരു നിന്നെ പൂർണമായി അംഗീകരിച്ചോട്ടാണ് നീങ്ങുന്നു എവിടെയെങ്കിലും ഒരു ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ പിഴവ് എനിക്ക് മെഡിച്ചോളം തീർക്കാൻ പ്രത്യേകിച്ച് എനിക്ക് അംഗീകാരം കൊടുത്തുപോയിട്ടുണ്ടെങ്കിൽ കണ്ണൂടഞ്ഞ് തക്കിതാക്കിയിട്ടല്ല നീങ്ങുന്നു അപ്പൊ അല്ലം തൊരില്ലായിന്ന് പറ്റിയപ്പറെ അല്ലുരില്ലായി ആ ഇതേ ഇനി അടുത്തൊരാളോ അത് അപ്പം പാർട്ടിയെ പുത്തിരി ഭാഗങ്ങളാണ് ദക്ഷിണാത്രി കഴിച്ചതിനെ മക്കൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ടെന്നും കമ്മിറ്റിക്കാറോളം വിട്ടു കൊടുക്കുന്നു മമ്പിച്ച ഉത്തരവാദിത്ത വേഷ മനസ്സിലായിക്കൊണ്ടുന്നു എത്ര കാലും ലൈലാണ് പാങ്ക് കൊടുക്കുന്നത് ആരെങ്കിലും പറഞ്ഞു എനിക്ക് ഇവിടെ പൈസ കൊടുത്തില്ലേ മുഴക്കന്മാരുമായി എന്റെ പുറത്തുണ്ടെന്ന് കെട്ടില്ല ഞാൻ മകടക്കോട്ട് വർക്കാനും പറഞ്ഞു നമ്മുടെ പാങ്ക് കൊടുത്തിട്ടില്ല മകടത്തിങ്ങനെ വർക്കാനും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ലൈനാണ് വാങ്ങില്ല ഒരു കാലക്ഷമനോട് അവിടെ മറ്റും ഇങ്ങനെയാകട്ടെ എങ്ങനെ വരുന്നില്ല അങ്ങനെ പച്ച ദ്വാരം എന്നാലും ഒന്നുമില്ലല്ലോ എന്തെല്ലാം ഓടിച്ചു വേറെ മാസം ഒന്നും ആയിരിക്കും ഉള്ളാഹമല്ലാത്ത ഓർത്തിപ്പിൽ ലിക്കാബമ്മ അർത്ത വിനാഹുത്തിൽ ഖുർആാനിൽ ഗതിയും ഞാൻ പറഞ്ഞു പ്രശ്നം ഖുർആാനൊരുപാട് കഴിവോതിട്ടുണ്ട് അവുന്ന മയത്തിന് ബാധകമാക്കല്ല ഖുർആൻ ഓജി റൂപ്പാതിൽ ഖുർആാനും വല്ല ഞങ്ങൾ കുറെ ലേനത്തെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ലയനത്തിന്റെ വേഗം ഞങ്ങൾ മോചിപ്പിച്ചെല്ലാം അർത്ഥം എല്ലാം ദ്വയം കിട്ടുമ്പോൾ ആമി ആമി ആമിയാക്കി മെയ്യത്തൽക്കും മെയ്യത്തിനൊന്നാം മോപ്പിൽ മോനെ മോമിനാത്തി ഒരു അമ്പാത്തി ഹരിഹ ഇതൊന്നും അവിടെ കൊടുത്തിട്ടേല്ലേ നാട പറ ഞങ്ങൾ തരുന്നത് ആരാധിക്കണ്ട് ചോദിച്ചതോട് പറയാം അർത്താന്നും ചോദിച്ച ആരെ മതി കൊണ്ടല്ലേ യാക്കിയെ അപ്പൊ പഠിപ്പിക്കലെന്ന ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വമ്പിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത് അവനെ കൃത് കെട്ടിയിരിക്കുന്നത് വലിയ അപകടം എന്ന കാര്യമാണെന്നുണ്ട് അതിന്റെ കുറെ ആദാബുകളും കുറെ ഉത്തരവാദിത്തങ്ങളും പാലിക്കാനില്ല അൽ വന്നിപ്പത്തു ലൂല വന്നാമത്തെ അച്ഛപ്പക്കത്തു അയാൾ മുട്ടാലിമി മുട്ടാലിമിയോടൊണ്ടാക്കണം ആദ്യം തന്നെ കാരുണ്യമാണ് കാരണം എന്താ പറയുക കണ്ണമാള കണ്ണുരിട്ടാടില്ലാന്നും അർത്ഥമില്ല ഈ വിഷയം തെറ്റിപ്പോയാൽ ഓളിക്ക് അപകടം പുതിമല്ലോ എന്നാൽ അതാ അറിവുണ്ട് ഡോക്ടർക്ക് നന്ന കാരുണ്യ പിന്നൊന്നും ഉണ്ടാവില്ല ഇഞ്ചക്ഷൻ പക്കിയിൽ ഉണ്ടാവില്ല കാരണം കൊണ്ടാണ് അഞ്ചെക്ഷൻ ചെയ്യാതെ കാരണം കൊണ്ടാന്ന് കെട്ടാത്ത വിട്ടാതെ എന്ന് വെച്ചാൽ ും ഇവന്റെ മക്കളെ സ്ഥാനത്തായിരിക്കണം ഓറെ എല്ലാം ഉണ്ടാക്കേണ്ടത് ഞാനും നിങ്ങളുടെ ബന്ധം തന്നറിയോ ഒരു വാദിതും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് തങ്ങളെ ഉപയോഗിച്ചു ഞാൻ നിങ്ങളെ വാദിത് നിങ്ങളെല്ലാം മക്കം എന്ന് വിചാരിച്ചു അതെങ്ങനെയാണ് ചപ്പക്കത്ത് ഇങ്കാദും പരലോകത്ത് ഇവർ നരകത്തി കടക്കേണ്ടി വരുമല്ലോ എന്ന് പേർത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതി മനസ്സിൽ ചെതിക്കൊണ്ടായിരിക്കണം പണിയെടുക്കേണ്ടത് എന്താട് നന്നാക്കി കൊണ്ടപ്പോ തലി വെച്ചാ ഫേന ഇപ്പോ അയച്ചപ്പോ എന്ന് വിചാരിക്കുന്നല്ല അതിന്റെ വേന വഹുവ അഹമു എന്ന് മാത്രമല്ല ഇതാണല്ലോ ഏറ്റവും പ്രധാനം മിന്നിങ്കാതിൽ വാലിദൈനി വലതഹുമാൻ ആരി ദുഞ്ഞ ദുഞ്ഞാവിന്റെ തീയിൽ പെട്ടുപോകലിനെ തൊട്ടിട്ട് എന്താക്കും വാലി ദൈനി മക്കളെ കാക്കാറുണ്ടല്ലോ അതിനേക്കാൾ ഉപരിയാണല്ലോ ഇത് മക്കൾ തീനിടത്തിലേക്ക് പോകുമ്പോ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന അതിനാൽ അതിനാക്കാണ് പ്രധാനമാണ് ഇക്കാര്യം എന്നാണ് ഇതുകൊണ്ട് മാലിന്യന്റെ ഹക്കം താഴ്ന്നതെയോ വാലിതയിലെ ഹക്കനെ കാണാൻ തർക്കം കൂടിയതായി മാറിയിട്ടുണ്ട് എന്തല്ല വ്യത്യാസം പതിന്നൽ വാലിത സബമുൽ വൽ ഹയാത്തിൽ പാലിയെത്തി മാതാവിരാക്കന്മാർ ഇവന്റെ ഇപ്പോഴുള്ള ജീവിതത്തിനും താൽക്കാലികമായ ഒരു ഹരാത്തിനും ഓരോ സമമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അവർ സന്ദർശിക്കുന്നു വൽ മാലിന്യ സബമുൽ ഹയാത്തിൽ ബാക്കിയെത്തി മാലിന്യം നിൽക്കേണ്ടതോ ബാക്കിയായ ഹയാത്തിലുള്ള പണിയാണ് എവിടെ നടക്കുന്നത് അവർ വ്യത്യാസം കണ്ട ഈ മാലിന്യം ഇല്ലായിരുന്നുവെങ്കിൽ ഉപ്പാരവക്കന്ന് കിട്ടി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹലാഖ രേഖത്തി ഉപ്പാരവക്കന്ന് കോടിക്കണക്കിന് തൊത്ത് കിട്ടി നെല്ലാം കള്ളൂടിച്ച് തീരൂ ലുപ്പാനി നകത്തിലാക്കി ഇതിന്റെ അകത്തിലാക്കി ചുറ്റുപാടാകില്ല അത് പൈസ എങ്ങനെയാ ചെലവാക്കേണ്ടത് ഈ രീതിയിലാക്കണോ എന്ന് മാലിന്യിന്റെ ഈ ക്ലാസിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ وإنما المعلم هو المقيد للحياة العقربية الدائمة معلم وقربية دائمية حياة نوالله قد كرنا رأى يذو معلم إلا معلموا آيني معلم علوم اللاخرة ولوم اللاخرة نبت بك أنه معلم يدرساني فرده أمو فرح ذكرت كذوله من اللهم علم اللهم نلل فريد ولوم اللاخرة نبت بك أنه معلم أرأى آياره അല്ലെങ്കിലും ആ ഉറവോമിൽ ദുഞ്ച അല്ലെങ്കിൽ ദുഞ്ഞാവിന്റെ ഇന്മായിക്കോട്ടെ പല കത്തില്ലാഹൃത ആഹൃതത്തിന്റെ കസ്റ്റിന് നിർവകരിക്കുമെന്നുള്ള ചില ഗുരുവിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ദുഞ്ഞാവിന്റെ ഇന്മാരണം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു മാതമാറ്റിക്സ് പഠിപ്പിക്കണം പക്ഷാതെന്താകുകയോ സ്വത്തം ഹരി വെക്കാൻ വേണ്ടിട്ട് അതിന്റെ ഫൊറാജല്ല കളത്തിലിട്ടുണ്ടോ ആ അങ്ങനെ ആയിക്കോട്ടെ ലാ ലാ കത്തിൽ ദുഞ്ഞ ദുഞ്ഞാവിന്റെ കസ്റ്റ് വെച്ചിട്ടല്ല ദുഞ്ഞാവിനെ പഠിപ്പിക്കുന്നു െ ചിക്കൊണ്ട് പഠിപ്പിക്കൽ അത് സ്വന്തം ഹലാക്കുമാണ് മറ്റോന്നെ ഹലാക്ക് ആക്കലുമാണ് അതുകൊണ്ട് അമ്മതാക്കട്ടെ എന്ന പറഞ്ഞു ഇനി വക്കമാരേ ഉറുപ്പാട് കുറെ മക്കളുണ്ട് ഉറുപ്പാക്ക കുറെ മക്കളുണ്ട് അവരുടെ കടമ എന്താ ഉപ്പ സംവിധാനം ചെയ്യുന്ന ഓരോ നല്ല നല്ല മക്സൂടുണ്ട് ആ മക്സൂദിനെല്ലാം അവരും സഹകരിക്കുകയും പരസ്പര സുഹൃത്തുക്കളായിട്ട് എന്താക്കണം പഴയെടുക്കണം അല്ലെങ്കിൽ വക്കൂലല്ല ഹു കലാമിരത്തിൽവാഹി അത്തോത്തു ഇരേമാരി ഒരു അധ്യാപകന്റെ കീഴിലുള്ള ശിക്ഷൻ മാറും അവരുടെ മക്കാസ്ഥാനത്തല്ലേ ഓറ് പരസ്പരം സ്നേഹിക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കണം എന്നാലേ സംഗതി നടക്കുകയുള്ളൂ അവിടെ പാർട്ടിയേക്ക് പത്ത് പതിനാക്കറക്കാനൊക്കെ പത്ത് പിള്ളേർ ഇങ്ങോലാക്കാൻ ഒക്കെ പത്ത് പിള്ളേർ അങ്ങനെ ആക്കിയിട്ട് അടിയും കൂടിയിട്ട് എൽ ഡി എഫ് യു ഡി എഫ് എഴുതി വെച്ചിട്ട് മോഡിക്ക് അടി തുടങ്ങിയാലും ഇവിടെ ഒന്നും സംഗതി ഇട്ടാതിലുണ്ടാവില്ല വലായക്കോണുമില്ലാത്ത കാലിക്കാം ഇതേമാതിരിയുള്ള സൗഹാർദ്ദവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒത്തുകൂടലല്ലാതെ ബെച്ചൂല ഇൻ കാലമിതമല്ലാതെ ആഹ്രമാണ് മസൂദെങ്കിൽ അതേ ബെറ്റുകയ്യുന്നുവെന്നാണ് പറഞ്ഞത് വലായക്കോ ഇല്ല ഇക്സു അവരുടെ ലക്ഷ്യം ദുന്യാണെങ്കിലോ അങ്ങോട്ടിങ്ങോട്ട് ചണ്ടയും വൈരാഗ്യവും ഹസതുമൊക്കെ അല്ലാണ്ട് അവിടുണ്ടായും ചെയ്യില്ല ക്കളും ആയാലും അള്ളാഹിലേക്കുള്ള മുസാഫിരിയങ്ങളാണ് വസാരി തനീക്കമിന് ദുഞ്ഞാവിൽ നിന്നുള്ള തരീക്കൽ കൂടെ സഞ്ചരിക്കുന്നു പക്ഷേ ആ മക്തൂടായ മക്സൂർ കത്തുവെച്ചിട്ടാണല്ലോ സഞ്ചാരം സിരൂഹ സുഹൂർഹ മനാസുരത്തരി ഈ സഞ്ചാരത്തിലുണ്ടാകുന്ന കൊല്ലങ്ങളും മാസങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തരീക്കിനുള്ള ഓരോ സ്റ്റേഷനുകളാണ് ഇന്ന മാസം ഇന്ന കൊല്ലം എന്നറിയുമ്പോ ഈ വളവട്ടണം പദഞ്ചേരി പിന്നെ കണ്ണൂര് കോഴിക്കലശ്ശേരി കോഴിക്കോട് നിങ്ങൾ അതിങ്ങനെ പോയിക്കോണ്ടിരിക്കണം കൊല്ലം മാസിക്കും അപ്പോ ഈ മുസാഫിരി ഇടയിലുണ്ടല്ല അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല രോഗിക്കാറായി ഏ ഒരു കൂട്ടർ നെയ്യപ്പൊന്നും വേറൊരാൾ എണ്ണം പാടില്ല എന്ന് പറഞ്ഞാലൊന്നും ആവൂല മുസാഫിരി ഇടയിൽ എന്താകുന്ന തറാഫൊക്കെ എവിടത്തേക്ക് മുസാഫിരി ഓരോ നാടുകളിലേക്ക് സഞ്ചരിക്കുന്ന ആളുകള് യാത്രക്കാർ ഉണ്ടാക്കിയെല്ലാം നല്ല ഒത്തുകൂടിയാൽ അത് സവാഫിന്റെ ടഹാബിന്റെയും കാരണം രണ്ട് യാത്ര ഒന്നിച്ച് പറയലേന്ന് ഓരോ നാടുകളിലേക്ക് സഫറു പോകുന്ന കുറെ ആളുണ്ട് സംസാരിനാണ് അത് ഓരോ നാടുകളിലേക്ക് മുസാഫിരിങ്ങളായി പോകുന്ന ആളുകളില് ഈ വാർഗ മദ്യം എന്താക്കുന്ന ഒത്തുകൂടി നല്ല സഹകരിച്ചിട്ട് ഇങ്ങനെ കണ്ടു അത് തമാദിന്റെ തഹാർദിന്റെയും ഒരു കാരണം എല്ലാവർക്കും നല്ല ഒത്തരമയോടുകൂടി ഓളുടെ സ്വത്ത് ഇവനിക്കുവാക്കാൻ കഴിഞ്ഞു ഓൻ ഉറങ്ങിപ്പോയങ്കിൽ ഇവന്റെ സ്വത്ത് പോക്കിറ്റടിക്കില്ല എല്ലാവരും സജീവമായിട്ട് നിൽക്കൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ സക്ക ഇപ്പൊ സഫർ ഇരൽ കീർദവസിൽ ലാല അന്നാറിവിന്റെ തിർദോസിൽ ലാല ആകുന്ന തുറവുണ്ടല്ലോ ആർക്കേക്ക് സഫർ ചെയ്യുമ്പോൾ ഒത്തരാ ആ മാരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സുഹൃത്തുക്കളായ ഉത്തരമയുടെ പ്രവർത്തികന്റെ അവസ്ഥ പിന്നെ പറയാനുണ്ടോന്നാണ് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ ഒത്തൊരുമയോട് കൂടി പോയാല് നല്ല നിരക്ക് പോയിക്കി വരാം വനാനീകത്തി സഹാദത്തിന്റെ ആഹിറത്തി ആഹിറത്തിന്റെ സഹാദത്തിൽ യാതൊരു കൊടുക്കില്ല അത് വേറെ ഒരു പൂജയിൽ നിന്ന് വള്ളം കുടിക്കുമ്പോൾ നമുക്ക് വൈക്ക് കെട്ടി വഴിക്ക് കെട്ടിയില്ലാന്ന് ഇവിടെ പോകുന്ന വഴി ഉണ്ടാകാൻ പോലെ വയ്യ തലക്ക് അത് മസ്തി കർമ്മം തീറ്റിട്ടാത്ത പോലെ കടലിന്റെ കണക്ക് എന്നിട്ട് ഒരാൾ കൊടുക്കുന്നു കൊടുക്കുന്നെങ്കിൽ ഇവിടെ വള്ളം തീർന്നു ഭക്ഷണം ചെയ്തിട്ടുണ്ടോ അപ്പൊ താലത്തെ ലാസത്തിലേക്ക് ചിന്തിക്കുന്നതാക്കുന്നില്ല ഒരു കൊടുക്കിയിട്ടില്ല അസുയ പൊക്കം കടപ്പൊക്കെ ഒരാൾ ഒന്നുണ്ടാക്കിയാണെങ്കിൽ ബണ്ണം തോന്നുമെന്ന് നിൽക്കുമ്പോൾ അങ്ങനെ പൊടിക്കലപ്പരിമിതമായ ദുഞ്ഞാവിനെ പൊടിപൊലി കൂടുമ്പോ അല്ലേ ഓനിക്കതിയും കെട്ടി എനിക്ക് കുറഞ്ഞു കിട്ടി എനിക്ക് ലാസ്റ്റം കിട്ടണ്ട ഈ കൂടുതലും പൊടി ഉണ്ടാകുന്നത് അതുകൊണ്ട് നൂറാം ചർച്ച എന്താ ഇനി ആ സീപ്പുള്ള ആളുകൾക്ക് എവിടെയും അശ്വത് അസുഖങ്ങളൊന്നും കാണാതെ നല്ല സൗഹാർദ്ദം കാണാൻ എന്തുകൊണ്ടാണ് എനിക്ക് അസീകരണം മുപ്പന്റെ ഹസീം പരിഹിതമായ സാധനം കുറെ പത്തം കൊണ്ടുവച്ചാ ഇരുപതാകത്തൊന്നും ഒരാൾക്ക് കിട്ടിയ ഒരാൾക്ക് കിട്ടില്ല എന്നിവില്ലേ ഈ ചെറുതൊന്നും സാധനമല്ല അത്രത്തിന്റെ സാധനം വാങ്ങാൻ ആള് കുറച്ച് ഇടും തന്നെ പിന്നെ എവിടെയാസുഖത്തെ ഉറപ്പെന്നാണ് അപ്പൊ കടപ്പുറത്തൊന്നും ആക്കിയവരെ ഉപ്പ് സാധാരണ പറഞ്ഞിട്ട് എന്റെ മരുഭൂമി പോയി ചോരോത്തര ഓരോ പാത്രത്തിൽ മണ്ണിൽ മണൽ പോയിരുന്നു എന്നാലിപ്പൊ എന്നയാൾക്ക് മണലിൽ കണ്ടാകില്ല വലിലാലിക്ക ലാജക്കൂന്ന് അതുകൊണ്ട് ആ കൃതത്തിന്റെ മക്കളടയിരത്തില്ല പരസ്പര വൈവിധ്യങ്ങളോ പൊടിപൊടികൂടലോ അടിയും പൊടിയൊന്നും കാണാൻ സാധ്യമേ അല്ല എന്നാണ് നല്ല അവസരമാണ് തിന്നാപല സീറ്റ് ഈ സീറ്റ് ഞാൻ കൊടുക്കണമെങ്കിൽ അടങ്ങി കണ്ടൊക്കെ രണ്ടൊക്കെ സ്വീകരിക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ മറ്റവർക്ക് സൂചിയില്ലേ അതിനകത്തൊരു കമ്മിറ്റി ഞാൻ പറഞ്ഞു എല്ലാവരും പ്രസിഡന്റാണോ എല്ലാവരും സെക്രട്ടറിയാണ് എല്ലാ സ്ഥാനം എല്ലാവർക്കും പ്രസിഡന്റ് ഞാനാണ് അല്ല നിങ്ങൾ പ്രസിഡന്റ് തന്നെയാണ് സെക്രട്ടറി നിങ്ങൾ സെക്രട്ടറിയും തന്നെയാണ് നിങ്ങൾ തന്നെ ഓരോ ആളുകളും ഇപ്പൊ കണ്ണൂരിൽ പൊട്ടം ജില്ലയിലാണ് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവിടെ മേൽക്കോയുമോ നല്ല മേൽക്കോയുമൊക്കെ അവിടെ സീറ്റ് ഇല്ലാത്ത മനസ്സായ്മ ചെറുങ്ങില വന്നപ്പം തന്നെ അല്ലെ ആറുമാസത്തിലൂടെ അത് പൊട്ടി തമർന്നു പോയി ഇനി സഹാദാസിന്റെ സഹാദാത്തിന് വിശാലത ഇല്ലാന്ന ഒരാൾക്ക് കിട്ടാൻ വേറെ കിട്ടാനിടാ സാൻസിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് നിങ്ങൾ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ രണ്ട് പ്രധാനമന്ത്രി ആക്കൂല അതായത് ബുദ്ധിമുട്ടെ അപ്പൊ പിന്നെ ഉണ്ട് മത്സരം തന്നെ മത്സരിക്കോക്കോ മത്സരിച്ചിട്ട് പിന്നെന്താന്ന് ജനങ്ങൾ എന്നൊക്കെ തിരഞ്ഞെടുക്കരുത് അറിയുന്നുണ്ടായി കൈ കാരണത്താ ലായം നീക്കി തഥാഹും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും തരക്കും കൂട്ടുന്ന ആ വീട്ടിനെ തൊട്ട് വൈവാകുന്ന പ്രശ്നമേ ഉണ്ടാവില്ല എന്നാണ് ഉണ്ടേ ഉണ്ട് ൂനിയാൽ പ്രയോഗിച്ചുകൊണ്ട് എനിക്ക് നേതാവാകണം എന്ന തേടലാണ് അതിലേക്ക് നീങ്ങുന്ന സഹോദരന്മാരാണ് എന്ന പരിധിയിൽ നിന്ന് ഊറ് പുറത്തു പോയിരിക്കുന്നു കാരണം ഓനിക്കൊണ്ടും പുതിയ മത്സരവും തൈസിലാക്കലും ആയോ എന്നണയലും നിങ്ങൾ വിലക്കേണ്ട ഒരു പദ്ധതി ഉണ്ടാവും ഇതിനുപയോഗിച്ചിട്ടുണ്ടാണോ എനിക്ക് നേതൃത്വം കിട്ടേണ്ടി നിന്ന് ശരി ഇന്നിനെത്ത് തന്നെയാകുന്നു എന്ന ആ ധാരി നോന്തിയത് എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളായ അവർ എന്ന് ഉണ്ടാവുന്നല്ലോ ഓരവസരത്തിൽ അങ്ങോട്ടേക്കൊണ്ട് ശത്രുക്കളായി മാറുന്നുണ്ട് ഓരോ മുത്തഖിങ്ങൾ ഉണ്ടാവില്ല മുത്തഖിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓർമ്മ അതില്ലാതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളായവര് അന്നത്തെ ഒരു ദിവസം വന്നാലുണ്ടാക്കും പരസ്പരം ശത്രുക്കളായി അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് ആ കൂട്ടത്തിലുണ്ടാകുന്നു പഠിച്ച കാണാനില്ല എന്ന് ഞാനില്ലാ കാര്യം ഓനാ കാര്യം ഓനോ ഇവനാ കാര്യം ഇവനാ കാര്യം ഭാര്യ ആളാരും ഉണ്ടാവില്ല പറഞ്ഞു കൂട്ടുകാർക്ക് ഉണ്ടാവേണ്ടെന്ന് ആ തടാസൊക്കെ ഇവിടെ പറഞ്ഞു െ അംഗീകരിച്ചുകൊണ്ടുപോകണം വേണം എന്ത് വിഷയത്തിൽ അതാ പറയുന്ന പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്ന വിഷയത്തിൽ തങ്ങൾക്ക് ആരും പൈസ കൊടുക്കാറില്ല പൈസ എന്റെ ആവശ്യം ബുദ്ധിക്കില്ല പലായത്തലും വിസാദത്തിൽ നിന്നിന്റെ വിഷയത്തിൽ അതൊരു ചോദി അവർക്ക് എഴുതൂല വലായ ശുക്ര അതുകൊണ്ടെന്ന് പ്രതിഫലം കിട്ടണമെന്നോ ശമ്പളശ്വരം കിട്ടണമെന്നൊന്നും ലക്ഷ്യം തന്നെ വെക്കാറില്ല എന്നാണ് പിന്നെ ചെയ്യണം അല്ലെ ബധി ഇല്ലാഹിക്കാനാൽ അള്ളാഹാധുവിന് വേണ്ടി പഠിപ്പിക്കണോ ജീവിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടി മാർഗം വേറെ കാണണോ എന്നെ കൊണ്ട് ജീവിക്കുന്നു മേശൂർ മാർക്കാൻ തത്വം നിങ്ങൾ കൈകൊട്ടുകൊണ്ട് വായിക്കണം അതിന് വേറെ ആയതും തയ്യാറാക്കണോ തലബല്ലി തോന്നി അപ്പൊ ബസ്സില്ലാറ് പറഞ്ഞെങ്കിലും മുടങ്ങില്ല എങ്ങനെയാണ് ഇവിടെ മേസര് മാറി കൈക്കൂട്ടം തക്ക എടുത്ത് കഴിയുമ്പോഴത്തേക്കും മറ്റു പണിക്ക് ചോറ് കിഞ്ഞില്ലേ മറക്കിന് ഉറങ്ങാൻ പോയല്ല പത്രം ഉറങ്ങാനും പോയില്ലേ ഇനി ഇരുപത്തി മണിക്കൂർ അത് കൃഷ്ണമേശ്വരത്തിൽ കട്ടി ബോട്ടി മലച്ച കുട്ടിയുടെ മലയങ്ങൾ ഉറങ്ങി പിന്നെ പനിയെന്തല്ലേ ആഴ്ച മാസത്തിൽ ഭാഗത്ത് ഒരു കുട്ടിക്ക് ശേഷം കിട്ടുന്ന ഒരു മണിക്കൂറാണ് കുട്ടികൾക്ക് അരച്ചോറുവാ ഇപ്പൊ ശമാസം ഓൺലൈനക്കാണ് അഞ്ചരക്ക് വാർന്ന് വിടുന്ന വെള്ളവും കുടിച്ചിട്ട് പോയി ആറു മണിക്കൊക്കെ മാറത്തിലേക്ക് അപ്പൊ നേരം വെള്ളത്തിട്ട് ഇങ്ങനെ പോത്തന്നല്ലേ വേണം ആറു മണിക്ക് പോയിട്ട് ഈശാവിനെ എട്ടരക്കിടെ തിരിച്ചു വന്നു അപ്പൊ വരുന്ന ചോറ് വയ്ക്കാണ്ട് തുടങ്ങിയിട്ടുണ്ടാവും ഇരുന്നൊക്കെ തന്നെ അത്രയ്ക്ക് ശേഷം ഈശാ മറി പിന്നെ കുരുചിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇരുമോപ്പിക്കും തലച്ചോറിച്ചു ഏതെങ്കിലും ഏശാസ്ത്രത്തിൽ മകന് പിന്നെ അല്പം മുമ്പുള്ള കമ്മിറ്റി ഇരുന്ന് കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഉടുപ്പിക്കാൻ തന്നെ കാര്യം നടക്കുമെന്ന് ആലോചിക്കട്ടു അപ്പൊ എന്തായാലും തരത്തിലുള്ള അവർക്ക് ആരെയെങ്ങനെ അങ്ങ് നടക്കണം പൈസ കിട്ടണം നടത്തി കമ്മിറ്റിക്കാർക്കും പോകണം അത് ആരെടുത്താലും തിരക്കമുള്ള യൂറി ഒന്നും തിരക്കുള്ള പുലർത്തൊന്നും തിരക്കുള്ള വാങ്ങൽ തൂട്ടും തിരക്കുള്ള ജമാ തെക്കോട്ടി കിട്ടാൻ പറ്റിയില്ല നിങ്ങൾ നോക്കൂ ഒരു ദിവസം ഇങ്ങനെ തെക്കോട്ടി ജമാക്കഴിഞ്ഞു നടത്തിക്കട്ടെ കമ്മിറ്റിക്കാർ ആരെങ്കിലും പറയുന്നു സ്റ്റേബിൾ നടത്തിക്കിട്ടുന്നു ആരെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ആളിച്ചോ പ്രതി നീക്കിച്ചോലിവാനാവി തക്കി അള്ളാഹുലേക്ക് തക്ക കുപാ തന്നെ തേടിക്കൊണ്ടും പഠിപ്പിക്കണം വലായറാലിനി മിന്നത്തെ നിലയും ഞാൻ ഓർക്ക് പഠിപ്പിച്ചു കൊടുത്താളാണ് എന്നുള്ള മിന്നത്ത് നീ കാണാൻ പാടുള്ള ഓറ് പഠിക്കാൻ തയ്യാറായത് തന്നെ ഭാഗ്യം ഏറ്റവും മിന്ന ഒരു പക്കേന് ധർമ്മം കൊടുക്കുമ്പോൾ അല്ല പൈസ ഓ ഓൻ എനിക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടോ ഓ മാങ്ങൂലെന്ന് എത്തിങ്ങനെ പൈസ കൊടുത്തു അപ്പം മുത്തസന്തിക്ക് എന്തായാലും എഴുതേണ്ടത് നിങ്ങൾ സദ്യക്ക കൊടുത്ത ആളെന്നല്ല എന്താക്കുന്ന മാങ്ങിയാളും ഓടിക്കാൻ മിന്നത്ത് കണ്ടാവും എന്നെ നിങ്ങൾക്ക് സഫീറമാലിന്റെ തീരുമാനിക്കുന്നവരെ അറ്റ പൈസ നമ്മളിടക്കാത്ത മാങ്ങൂലും അങ്ങോട്ട് തീരുമാനിച്ചാൽ എന്താ ചറിയ രീതി മായ ഇതൊക്കെ യുദ്ധം ചെയ്യും പോലെ മായ കബോലിസക്കാത്തോട് ഹാക്കി യുദ്ധം ചെയ്യുന്നുണ്ടാവുന്നത് കിട്ടത്ത് നോക്കൂ പൊക്കടാക്കാൻ വിളിച്ചിട്ട് മാങ്ങടാന്ന് വന്നിട്ടു അല്ലെ മറ്റെങ്കിൽ കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കല്ല അപ്പൊ ഞാൻ കൊടുത്തു എന്നല്ല നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരുന്നുള്ള മിന്നത്താ കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊരു മിന്നത്ത് ിൽ മിന്നത്തുലാതിലെയും ശരിക്കും പറഞ്ഞ മിന്നത്ത് ഓർമയില്ലാമിന് എല്ലാം പ്രിയ വരുന്നു അല്ലെ വല്പതിലകും പതില് ഓർക്കും കാണണം കാരണം ഇത് ഹർദുപകും അള്ളാഹു മഹാനഹുവ താലെ കൊണ്ട് അടുക്കുവാൻ വേണ്ടി ഓർ കൽബിനെന്താക്കി നിങ്ങൾ പറഞ്ഞാൽ പാത്രം വെച്ചാൻ വരട്ട് തഹദീബാക്കി പാത്രമായിട്ട് വർദ്ധിച്ച് എടുത്തേക്ക് വിസറാത്തിൽ നിരമ സിഹ അതുപോലെ തല്ലടി എണീറുക്കൽ നടസറാ സിഹ നിരക്സിക്കു വിറ്റുണ്ടോ ആ വിറ്റ് പറക്കാൻ വേണ്ടി സ്ഥലമൊന്നും കിട്ടുന്നില്ല നട്ടുപോളപ്പിക്കാൻ ഒരാള് പറയുന്ന അല്ലെങ്കിൽ അഞ്ച് തന്റെ ഭൂമിയുണ്ട് നിങ്ങളെ കുറിച്ച് എതിരി തെങ്ങ് വെക്കിയ വായ നടന്ന് പറഞ്ഞാൽ മിന്നത്തായിരിക്കും വിറ്റിട്ട് നിനിക്കോ ഭൂമി എന്ന് മോനിക്കാൻ നീ ആഴ്ച ഉപകാരങ്ങളെന്ന് പറഞ്ഞിട്ട് ഭൂമി നന്ദൻ ഭൂമി നന്ദവനോട് ഉപകാരം കാണും നന്നായി പഠിക്കാനുള്ള മനസ്സുമായിട്ട് വന്നാളാ ഭൂമി നന്നാണ് നിങ്ങൾ വിത്തിച്ചാണിന്ന് പറഞ്ഞു എല്ലെങ്കിലും വിത്തി പൊട്ടിയിൽ വെച്ചോട്ട് നമ്മൾ മുടക്കൂലല്ല അപ്പോ സാഹിബുൽ അറബനി കിട്ടുന്ന ഉപകാരത്തിനേക്കാളാണ് ഉപകാരം എനിക്കാണ് കിട്ടുന്നത് നിന്റെ പഴലും കായ്ക്കൊന്നും സാഹിബുല്ലിറന്നിന്റെ ഭൂമി അട വെച്ചു എങ്കിലൊന്നും കരില്ല നിന്റെ ചെടികൊണ്ട് ഉപകാരം പഴം കാഴ്ച നീയല്ലേ ഇപ്പൊ തക്കൽ ലിഖുഹോ മിന്നത്തൻ അതാ തുക്കൽ ലിഖുഹോ മിന്നത്തൻ അപ്പൊ ഓന്റെ ഭൂമിയിൽ കൊണ്ടപ്പോ ഞാൻ കൃഷി ചെയ്തിട്ടില്ല എന്നിട്ട് മിന്നത്ത് നീയങ്ങനെയാണ് ഓന്റെ മേലെ ഉച്ചത്തി കൊടുക്കുക ഓ ഭൂമി ഒന്നില്ല എന്ന് പറക്കത സവാബ്ലിമി അക്സറമിൻ സവാബിൽ മുസാല്ലിമി എന്താ മുതാലിമിന് കിട്ടുന്ന സവാബിനാകാൻ അക്സർ സ്വാബ് ആയിരിക്കാണ്ടായി താലിമിന് കിട്ടുന്നത് ആ താലീമിന് കൂലി കിട്ടാനുള്ള അവസരം ഒരുക്കിയതായാലോ പഠിക്കാൻ തയ്യാറല്ലേ ഈ സവാബിനെ മുതാലിം പഠിക്കാൻ തയ്യാറാവാത്തവർക്കാണ് ഈ സവാബ് നിനക്ക് അടിച്ചമാക്കാൻ കഴിയൂലല്ലോ أراه إشتكواוף للعزر إله من الله تعالى الله الله وكلم ق Nyera لك وذلك よين مبيون الله من اقتر دمرة فيوصية fått وذلك كما قال الله تعالى هيا قوم لا أسعدكم ماذا مالا إن أجرائا إلا للى الله عن ببيان السليم صلى الله عليه وسلم يبقى القوام وانا يا لفция Yukhi فليشون رجال أن أقول الله اللهم تعالى يع feature مرjek ഇന്നൽ മാ സാതിൽവദനി ഇനി വെച്ചു ഇനി അങ്ങോട്ട് കൊണ്ടുവന്ന് അവൻ ഇങ്ങോട്ട് തന്നെ പിഴിച്ച് ഇങ്ങനെ തൂക്കൊക്കെ അങ്ങോട്ട് എന്താ അമൂല്യമായ ഇരുമ് ആ ഇരുമിന്റെ തൂക്കൊപ്പിച്ചിട്ട് പിഴിഞ്ഞു അതായത് ഈ സാധനം എങ്ങനെയാ ആദ്യം തൂക്കിച്ച് വിറ്റർ ചോദിക്കുന്നു അപ്പൊ ഇത് സ്വർണ്ണക്കട്ടി ഈ സ്വന്തം കട്ടിനി തരൂ നീ എത്ര വണ്ണം കട്ടായിരുന്നു എന്ന് ചോദിച്ച മതിയല്ലേ ഞാൻ പഠിപ്പിച്ചേരാ പാർട്ടി പഠിപ്പിക്കാം നീ എത്ര ഒന്നേന്ന് ലഭിക്കുന്നു അപ്പൊ എത്ര വണ്ണം കട്ടായിരുന്നു എന്ന് ലഭിക്കുന്നു മണ്ണക്കട്ടയിൽ ഇപ്പൊ കള്ളത്തില്ലണ്ടത് അല്ലേ നല്ല ചിത്രപ്പൊണിയിലെ കള്ളാത്തിൻ്റെ ഉണ്ടോ കേട്ടാ ദുന്യാവും ദുന്യാവിലുള്ള സകല വസ്തുക്കളും ബദലിന്റെ ഖാദിമാണ് ശരീരത്തിന്റെ വൽ ബദനോ മർക്കമുൽ ആത്മാവിന്റെ വാഹനമാണേത് ബദനിൽ മഹദൂമു ഹു വൽമു ഇവിടെ സേവിക്കപ്പെടേണ്ടതാതാണ് ഇൽമൂമ വേണ്ടത് ഇത് ബിൽ ഷറഫിൻ നഫ്സി കാരണം നഫ്സിന്റെ ഷറഫ് കിട്ടുന്നതുകൊണ്ടാണ് ഇൽമുണ്ടാവും അപ്പൊ ഇവിടെ മഹ്ദൂമായ ഇൽമ അപ്പം ഈ ഇത്രയും ഉന്നതമായ പദവി തന്നെ മഹ്ദുവും മഹ്ദൂം എന്നാണ് പദവി കൂടുതലാണ് ആ ചില ഫീലിന് ഇസ്മഫുലക്ക ഫയൽ ഇമാമും മഹമോം എന്ന് പറഞ്ഞായിരിക്കാ പദവിയില് മാ മഹദൂ മുൻ ഇടാനാണ് മുമ്പിലേക്ക് നടന്നത് ഇസ്മഫുലഹിന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വരില്ലാബി നബീസൻ മഹൂ അവിടെ ഇസ്മഹുലാദ് കൊണ്ട് കാണുന്നു അറിയുന്നു സൊമൻ തനബ മാല ഒരാൾ എൽമിനും അവരന്താക്കി മോഡല തേടുന്നു അപ്പൊ മുന്തിയ കൊടുത്തിട്ട് ആകെയുള്ളത് നക്സ് ഉന്നാസ് എന്ന റോഹനിലുണ്ട് ആ കാര്യമായ വസ്തു അതിന്റെ തടി അതിന്റെ വണ്ടിയാന്ന് ഇത് ബദന് ഈ ബദൻ എന്തല്ലോ സാധനം വാങ്ങാനും നൂറ്റാഞ്ച് വിക്കറ്റിൽ അപ്പോൾ ഇതിന്റെ വാഹനത്തിന്റെ ഹാദിമായി പെടുക്കുന്നത് ഇതിന് ചെറുപ്പ കൊടുക്കുന്ന സാധനം ഇൽമ് ഈ ഇൽമ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നു ഇതിന്റെ അർത്ഥം എന്താണ് ിപ്പകൻ ചെരുപ്പിന്റെ അടി വൃത്തിയാക്കാൻ വാണ്ടി എന്താക്കുന്ന കളയുന്നു ചെരുപ്പിന്റെ അടി മസ്വെച്ചിട്ട് എന്താണ് ഇപ്പോൾ എടുക്കുന്നത് ചെരുപ്പിന്റെ അടി വൃത്തിയാക്കിയത് എന്താ ഇതിന്റെ പണിയിലെ അർത്ഥം കേട്ടെന്ന് അതി പറയാൻ തന്നെ മദാത്ത കൊണ്ട് ചെരുപ്പ് ചെരുപ്പിന്റെ അടിഭാഗം വായു ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കുന്നു അക്സിജൻസ് വൃത്തിയാക്കും ചെരുപ്പിന്റെ അടികൾ കക്കളിലെല്ലാം കളയുന്നു ചെരുപ്പിനെന്താണ് ഈ ശരീരത്തിന്റെ കാൽഭാഗ അടിഭാഗാന്ന് ഈ കാലിന് ഖാദിയുമായി നിൽക്കുന്ന സാധനമാണ് ചെരുപ്പ് ആ ചെരുപ്പിന്റെ അടിഭാഗമെന്ന് മറ്റേത് അപ്പൊ ബദലിന്റെ മുന്തിയ സാധനമല്ലേ നാവ് ഈ നാവ് ഉപയോഗിച്ച് ചെരുപ്പിന്റെ അടി വൃത്തിയാക്കാൻ നീങ്ങാനുണ്ടാവുന്ന അവസ്ഥ പോലെയാണ് ഏറ്റവും അടി നിൽക്കുന്ന മുതല കിട്ടാൻ വേണ്ടിട്ട് ഇരുന്ന് കേൾക്ക് പ്രത്യേകിമൻ അതിനാന്ന് നല്ല പണി എന്താന്ന് കാല നേരോട്ടും തല കുട്ടിനായിട്ട് നിന്ന സ്ഥാനത്ത് ഇങ്ങനെ നേരെ അടിമുണ്ടായിരുന്നു ഇതിവിടെ കുട്ടനെ വിച്ചിട്ട് എന്ത് കാര്യം നേരോട്ടു ഇങ്ങനെ നടക്കുന്നത് കണ്ടത് ഇന്തിക്കാൻ അപ്പൊ തല കുത്തിരേന്നല്ലേ ആ തല കുത്തിരി നിൽക്കേണ്ട സ്ഥലത്ത് നാഗിത്തൂറ് നിൽക്കണം അതുകൊണ്ടാണ് മമിത്തു ലുഹു ഹുല്ല അറിവില്ല അക്ബാർ അതാ വലിയ ഒരു കോടതി ഉണ്ട് ഞാൻ അറിയും മാൽ മുതിരിങ്ങളോടൊപ്പം നിൽക്കും തല കുത്തനാക്കി അതുകൊണ്ട് കുത്തനാക്കിറ്റിയാണ് തല അടിമർത്തോണ്ടാണ് അങ്ങനെ ആണ്ടി വന്നത് وعلى الجمله فالفضل والمِنَّةُ للمُعَلِّمِ فأنظر كيف انتهى أمر الدين إلى قومٍ فقال الجندي فالفضل والمِنَّةُ للمُعَلِّمِ فضلُ مِنَّتُهم مُعَلِّمِنَ لل آه مُعَلِّمِنَ فضلُ مِنَّتُهُندُ فأنظر كيف انتهى أمر الدين إلى قومٍ يزعمون أنَّ مقصودهم التقرب إلى الله تعالى مين ఆలోచికి ఈ చాలం ఎప్పటికేనో ప్రతిచేర్నదను ఒక కామెంట్ ఎడకలేటి അവർ വാദിക്കുന്ന നമ്മുടെ ലക്ഷ്യം അള്ളാഹർ അറിയുന്ന സ്ഥലമാണ് അക്കൗറുപ്പ് നിറണാഹിച്ച് ചാരയാണ് വിവാഹം സീഹിനും എല്ലിൽ ചെക്കിസുണ്ട് കടാമുണ്ട് കഥയിച്ചുണ്ട് അതെല്ലുണ്ടോ അക്കി അങ്ങനെ പല പദ്ധതികളുണ്ട് വയൻമലു എന്നിട്ടോ കുറെ സുൽത്താൻമാർ ഹിദമത്തെടുത്തിട്ട് ഓറ വയ്ക്കുന്ന എന്തെങ്കിലും കിട്ടാനുണ്ടോ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള ദുല്ലും എന്തെല്ലാം തരത്തിലുള്ള വേണ്ടാത്തരാണ് ഓറ് തയ്ക്കുന്നു ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ അനുകൂലികൾ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി വടവ് തറക്കൂലികളെ തറക്കൂ ഓറ് ശമ്പളം കൊടുക്കൂല ഈ വയറ്റാൻ വരാറൊക്കെ വന്നതൊന്നും കൊടുക്കൂലെന്ന് വെച്ചാൽ ഇവർ ഈ പരിപാടി നോക്കി നോക്കി മാനും ചാഹ്നിയും എപ്പോ മാനനിയും ചാഹിനിയും അവർ നൽകുന്നു ഇതൊക്കെ കുറെ തുല്യം അതിനുവേണ്ടി തനിക്ക് ചെറുപ്പം മലക്കപ്പോണോ കുറച്ച് പൈസ കൊണ്ടാം കുറച്ച് ശമ്പളം കൊണ്ടാം ഓർ ശമ്പളം കട്ടാക്കിയാണ് ഇവിടെ പഠിപ്പിക്കാൻ പണിപ്പോ പണി മുടക്കി സമരം ശമ്പളം വർദ്ധിന് വേണ്ടി മാനസം പൂട്ടിണ്ടോ ആനുകൂല്യങ്ങൾ വധിക്കുക അവകാശങ്ങൾ നൽകുക അനിശ്ചിതകാലത്തേക്ക് സമരം ഓടിലേക്ക് പിന്നെ പോക്കും ഉണ്ടാവില്ല ഓർ വന്ന തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോക്കും ഉണ്ടാവില്ല അല്ലെ എന്നിട്ടും ഇതെല്ലാം ആയിട്ട് സിമ്മാ എത്തവാക്കാൻ മാലിന്യം പിന്നെ മൊട്ടാലിമി പിന്നെയും പ്രദേശിക്കുന്ന മൊത്താലിമി അയ്യപ്പു മുനഹു ഫീസുലിനായി ബീൻ എന്തിനായിബത്ത് വന്നാലും ഓനുവിടെ പണിക്കുന്നു അങ്ങനെ പേർക്ക് തപ്പളിക്കാറ് ഓൻ തന്നെയാണ് അടുത്താണോ പന്ത്രണ്ടെന്നാണ് മുതലിങ്ങും തന്നെ തറന്നുറക്കണ്ടി ഓരന്നെ ടിച്ചൻ ആരൊക്കെ എന്തന്നെ പണിയെടുപ്പിക്കുന്നു പേരെന്താണോ അടവെടുപ്പിക്കുന്നത് അതല്ല ഇവന്റെ കാര്യം വയസ്സുറു വലിയ ഹു എന്ന് മാത്ര ഈ മുയർക്കാരെ വലിയെന്ന് പറഞ്ഞാൽ ഓനെ സ്നേഹിക്കുന്ന ഇവർ ഉണ്ടാക്കണം സഹിച്ചോ ഇവരോടാരെയും എതിർ വന്ന എല്ലാവരും ശത്രു ആണ് ആര് ഈ മുര ഈ മുസാലി ചെയ്തത് പോയ്യോ ആദ്യ അതും അപ്പൊ ആകെ മറ്റേ പാർട്ടിയാണോ ആ രണ്ടര പാർട്ടി ഇല്ലേ നിങ്ങളെ ഇതെല്ലാം ഉണ്ട് ഒന്ന് ഒന്നാം അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് മറ്റൊന്നൊന്ന് അഞ്ചാം അഞ്ചാമത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് അല്ലേ ആ അപ്പൊ ഓറെ അതുംബായിരിക്കണം വയൻ സഹിതം ഹാജാത്തി ഇവനിക്ക് വന്ന ഹാജാത്തും വന്ന പരസ്യമായിട്ട് എല്ലാവരും സജീവ രംഗത്തുണ്ടായിരിക്കണം അതേപോലെത്തൊരു ജയജീവി വരാനുമ്പോൾ പൈസ മുതലക്കാൻ ഒരു പാറവർത്തിക്കണം എല്ലാവരും നാളെ വികസനത്തിൽ വേണം തന്നെ പെട്ടെന്ന് പഠിക്കുമ്പോ പഠിപ്പിക്കുന്നില്ല അവതാരി ഇവന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ആകെ തസ്തി ചെയ്യപ്പെട്ട് അടിതാളമായി കൈമാറുക ിറ്റ ആരെങ്കിലും ഒരു കുട്ടിയെന്ന് പഴയ മണ്ണിലേക്ക് നെസ്റ്റെടുത്ത് പോയാലോ താറാലി ഊപ്പർ കിടക്ക എന്താണാ ഇരിക്കുന്നത് എന്താ എന്താ ഇരുന്നു പോയ മാത്ര അവസാറ മീൻ ആയതാ ആയതാ ഈ ഇവന്റെ ശത്രുക്കളെ കൂട്ടത്ത് ഏറ്റവും വലിയ ശത്രുവായി പോയി ഈ ഒരു മൻസില കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു ആളിമീ എത്രമാണെന്ന് ആയി പോയി ചോദിച്ചോട്ടെ അജ്മെന്റ് അടന്ത അങ്ങനെയാണോ രണ്ട് തീം ആണോ എന്നിട്ടാ സുമ്മ എത്ര ഹിയ പിന്നെ മൂപ്പേർക്ക് എന്താ സന്തോഷം ഉണ്ടല്ലോ ഇത്തരം മാത്രം ഈ മുമ്പിൽ ചെയ്തിട്ട് എല്ലാർക്കും സന്തോഷം സുമ്മലാൻ വറുൾ ഞാൻ തതിസുകൊണ്ട് ഉദ്ദേശിക്കുന്ന എസറുൽ പരക്കല നോക്കമ്പല്ല അവരെ പേരക്കെ പോലൊക്കെ കുന്നടിക്കലാണ് നിങ്ങൾ പതി കീഴി കുന്നടിക്കലി ഇതൊക്കെയാണ് തക്കർമ്മനിൽ എന്താ ഹിയും ഉത്തരത്തില്ല ലീനയും വാജപാൻ പൊന്നറിൽ ഈ കൊറൂറാകുന്നതിന്റെ പല ഇനങ്ങൾ തിരിയണമെങ്കിൽ ഇവിടെ നടക്കുന്ന പല അമാറാത്തകൾ അത് നീ നോക്കി കണ്ടുപിടിച്ചു വെറുതെ ബാധം കേട്ടാൽ പോരാന്നീഫിത മൂന്നാമത്തെ മുത്താൻ ലിമിനോട് കാട്ടുന്ന ലുസഹിൽ നിന്ന് ഒന്നും കുറവ് വെറ്റാൻ പാടില്ല എനിക്ക് ബുറം ബാലുവരൻ തല്ല നസിഹട്ട് പറയുന്നുണ്ട് നമ്മൾ അബ്ദുൽവാരി നസിഹട്ട് പറയുന്നുണ്ട് അതും അവർ മാലുവാറിന്റെ അർത്ഥമില്ല ഇവിടെ നിസ്സഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓണിക്ക് അതിന് വീണ്ടെന്ന് എന്താണ് മായം പറഞ്ഞു ആ നിസ്സഹന അതിനൊട്ടൊരു കുറവ് എത്താൻ പള്ളാന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ നോക്കുന്നുണ്ടല്ലോ അതൊന്നും പറ്റൂല അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വതാനിക്കും എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് അർഹനാകുന്നതിന് മുമ്പ് ആ ഋത്തുബി രോ എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് പറ്റാനായിട്ടില്ല എന്ന് ഏറ്റെടുക്കരുത് ഓണോട് പറഞ്ഞിട്ട് മുടക്കണമല്ലോ സെക്രട്ടറി ആകണോ പ്രസിഡന്റ് ആകണോ മറ്റേന്റെ ആളാകണോ മേഖലാ നേതാവാകണോ ഉം ആ ഇസ്തഹക്കാക്കിന് മുമ്പായിട്ട് എന്തെങ്കിലും ഉപ്പൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഓണ തടയാണ് വേണ്ട അതാണ് സഹേ അപ്പം മേരുമന് തന്നെ കഴിക്കാതെ തുടങ്ങിയാൽ ചക്ക പറച്ചി മാറ്റണമെന്നാണ് അല്ലെങ്കിൽ ഒട്ടുമങ്ങ കഴിക്കൂല ഒട്ടുമാൻ്റെ വല്ലം കഴിയുമ്പൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങും പൂക്കാൻ തുടങ്ങുന്നെന്താന്ന് പറഞ്ഞു ആ പൂവല്ലോ ഓർത്തിക്കൊള്ളണോ നമ്മൾ ആ പൂക്കളോട് കൂടെ മാണെങ്കിൽ പോകും والتشاغل قبل والتشاغل بإلم خفي قبل الفراق من الجلي جليا يلمر لنا وربع لنا منجل خفيا يتلقى العلم بجولار لنا أرجو بجولار من رسول الله تعاليين قبل أنه سميع كلامه ثم ينبهه في النوال ونقترم على أن الغرض بحلب العلوم القرب إلى الله تعالى ഇന്ന് പഠിക്കലുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹെ കൊണ്ടുള്ള കുറവ് കിട്ടലാണ് ദൂരസത്തിവൻ മുബാഹത്തിവൻ മുനാഫസത്തി ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളും റിയാസത്തും അതുപോലെ മറ്റുതാണ് മറികടക്കൽ ഇതും നല്ല ലക്ഷ്യം എന്ന് പറഞ്ഞുകൊടുക്കണം അതുകൊണ്ടാണ് ജലീ അൽമോട്ടിയുടെ കഫിയോട് ചൂരാകുന്നു അല്ലെ മത ഡിഗ്രിക്ക് ഒരുങ്ങുന്നില്ലേ ത്ത് മുതലായവ ഏറ്റവും മോശപ്പെട്ടതാണ് എന്ന് ആകുന്നത്ര പറഞ്ഞിട്ടുണ്ടാക്കണം അതിന് മോശമായി അവന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം പല ഇഷ്ടമായി എന്തല്ല പ്രസാദിനാക്കാണ കൂടുതലൊന്നെല്ലാം അലിമന്തായി പാതിരായിപ്പോയി ഓൻ എന്ത് ചെയ്താലും അലവിനൊന്നും പറയുന്നില്ല ഓൻക്ക് മണ്ണെന്നൊന്നും കൊടുക്കുന്നില്ല അപ്പൊ അവിടെ പുതിയു വന്നില്ലേ അപ്പൊ ഓൻ ഇസ്രാ ഹാക്കുന്നത് ഇസാദാക്കുന്നതിനെ കാണാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല ഈ പഠിക്കാൻ വന്നോ ദുന്യാവിന്റെ വേണ്ടി അല്ലാതെ തേടുന്നില്ല എന്നുണ്ടാക്കി ഓന്റെ ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പഠിപ്പിക്കണോ വേണ്ടത് വേണ്ടി വിചാരത്തിൽ എടുക്കണം അതിന് പിരിച്ചോടെയാണോ വേണ്ടത് എന്താ വേണ്ടത് نظر إلى العلم الذي يطلبه وانا سارا ندير ذلك إنه علمان دعنا عرموك فإن كان هو علم الخلاف سلق سكه والجدر بالكلام والفتابات الخطومات والحكام اتحل الله خلاف غلو عدوه على تن كلامي للجدر كلامي هو عدوه على تن كلامي للجدر اللغة تركان غلوه عدوه على خطومات وحكامي لغلوه فتابه على الكيامي واند بجواري ما فيامنأه من ذلك هذا هذا عظم وفريقان بشوله وفريقين كيبه لأنا ذكرى النية فإن هذه الللوم ليست من علوم الآخرت البتدى الله ولا من العلوم التي في كيل فيها ولهلم لم يبتد الله إنه فيلم يتعلمنا الإلم لغير الله فعب الإلم إن كون إلا لله نبتد آه علم لم يبتد الله ആ ഇൽമിൽ എന്താ പെടുക ഇൽമുൽ തഫ്സീർമുൽ ഹബീസ് മുതലായവയാണ് ആ സിലബസിൽപ്പെടുക ഈ തർക്കം കൊടുമ്പോഴും വരില്ല ഒമാൻത്തിന്റെ ഇൽമിനാൽ മുൻകഴിഞ്ഞ മഹാൻമാർ ചുവലായ കാര്യങ്ങളുണ്ടോ അതാണ് എൽവിൽപ്പെടുക ഒമാരി നഫ്സിന്റെ അഹ്ലാക്കൾ എന്തൊക്കെയാണെന്നും ലൊക്കേഷിന്റെ തഹദീബിഹ ആ അഖലഅക്കൽ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടേരാം ഇതൊക്കെയാണ് മുൻകഴിഞ്ഞ ആളുകൾ ഏർപ്പെട്ട ഇൽമ് അതേ ഇൽമിന്റെ പട്ടികയിൽ വരൂബുഹി ദുഞ്ഞിബ് ഇത് തേടുന്നുണ്ട് ഏത് ഈ പറയപ്പെട്ട മസൂദ ഇൽമെ ദുഞ്ഞത് എന്നാ ഫലാവിതൂറു ഓന തൽക്കാലം ആട് ഒഴിച്ചിരുന്നതിന് കുഴപ്പമൊന്നുമില്ല പഠിക്കുന്ന പല്ലു ശരിയാണ് ലക്ഷ്യം മാറിപ്പോയെങ്കിൽ തൽക്കാലം ഓനാട് ഇങ്ങോട്ടേക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല ും മാറി നേരത്തെ പന്നും മാറിയില്ലേ അതെ പോയിക്കോന്നറിയല്ലേ മക്സൂർ ഇവന്റെ കസ്തയെ മാറിയിട്ടുള്ളൂ അതേ അവസരത്തിൽ പഠിക്കണ്ട പന്നെല്ലാം നല്ല കണ്ടീഷൻ തന്നെയാണ് ആ എന്നാ ഓരാ മകസാങ് ഇത്തുറത്തു കാരണം അപ്പൊ ഇന്നിത്തരണ്ട ഹോ സമാനം ലിസ്റ്റി പറയും വലാക്കി അപ്പൊ ഏറിപ്പന്നണ്ടാല് ഓനും വാങ്ങാനാകും കൊഞ്ച് കൊറച്ചാളുകളെ കേൾക്കാനൊക്കെ കിട്ടും അല്ലേ കൊറേ ആ പിന്മുട്ടെന്ന് കാരണവായല്ല വലിയ ഭവിക്കനായില്ല ആ തിരി ചിലപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയം അത് എത്തിക്കുന്നുണ്ടെന്ന് വിഷയമുണ്ടോ അത് വന്നേണ്ട കഴിഞ്ഞ കാലം നമുക്ക് നീട്ട് മാറി പോകലോ ഇനി നന്നാക്കണം പോകുന്നില്ല എവിടെ മാറ്റം മറ്റേ നിൽക്കലെന്തണ്ട് ഇരുമുളക് ചതിലും പഠിക്കാൻ കഴിഞ്ഞ് നീങ്ങത്തും മാറി കഴിഞ്ഞ് അവരെ ഉണർത്താനുള്ളൊരു മേഖല ഒരിക്കലും ഉണ്ടാവില്ല രണ്ടുകൊണ്ട് പോയല്ലോ അതല്ലേ ഊപർ പറഞ്ഞു നീ ദുന്നാവിന്റെ ആവശ്യത്തിന് വേറൊണ്ടോ തോന്നുന്നു എന്റെ കിട്ടാതെ നിന്നൊരു കാലത്ത് എന്റെ കിട്ടാബ് നിന്നെ നേടിയാക്കുന്ന ഓപ്പറഞ്ഞ് നീനോട് വൃത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ കിട്ടാൻ നിന്ന് നിലവെന്ന് നോക്കിക്കോ എന്തെങ്കിലും പറഞ്ഞ് നോക്കിക്കോ ഒരവസരത്തിൽ നിന്റെ ബോധവാനാക്കുന്നോ കാരണം ഇത് ടീമൻ മുഹഫിഫത്വം ഇനം നായിത്താനും മഹക്കിറത്തിൽ ഇതിന്റെ മഹർനിമത്തിലില്ലാസ ആഹൃതത്തിന് വെല്ലായി ചാണുകയും ദുഞ്ഞാവിനെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതും അന്നാണെപ്പറ്റി പുഴയുണ്ടാക്കുന്ന ചില ഒരുമല്ലുണ്ടാക്കി ഓതി വരുന്ന പണ്ണിലുണ്ടല്ല അത് ചിലപ്പം ബോധവാനാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ട് തൽക്കാലം പഠിക്കട്ടെ നോക്കി തന്നെയാണ് അത്തരത്തിലുള്ള സബ്ജക്ട് യോജിക്കുവാൻ ഇല സമാപിക്കില്ലാത്ത ആക്രമണത്തിലേക്കുള്ള സമാപിലേക്ക് ഇവരുണ്ടാക്കും ഇതിൽ രസിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരാൾ ജാതക സ്ഥലഹീന ഓതുന്നു അതിന്റെ ഉദ്ദേശം മാറിപ്പോയി വലിച്ചൊക്കെ പഠിക്കുന്നത് ഉടുക്കൂട്ടു യാത്ര സാഹിത്യം ഉപ്പറം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഉപദേശങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട് ഓടിക്കൊണ്ടെത്തുമ്പോ അതാ ഇരുന്നു ഈ എല്ലാം മാത്രമല്ല മുതലിപുരുമായിരുന്നു ചൂട് മഹാദൻ കിതും ഈ കിതാബ് ആരാന്ന് കാര്യമായി കണക്കാക്കുന്നത് ഓന എല്ലാ ഹൈറാത്തിലേക്കും നയിക്കുന്നതാക്കണമെന്ന പ്രാർത്ഥന കണ്ട ോടികം ബാലാച്ച് പറഞ്ഞ ചെറിയ കാര്യമുണ്ടല്ല അതുകൊണ്ട് ഓനിക്ക് സ്വയം ഒരു ബാധ കിട്ടാൻ സാധ്യത ഉണ്ടായേക്കാം എന്ന് കാത്തിട്ട് അപ്പോൾ ഇവനിക്കൊന്നൊരു സ്വഭാവം നേരത്തെ ഉണ്ടല്ല കപൂരന്റെ ഹബ്ബ് ബാലറിയാമോ കൊറേ ആള് വരണം ജാഹു പോകണം എന്നൊക്കെ കേൾക്കുന്നൊരു കപൂരന്റെ ഹബ്ബുണ്ടല്ലോ പൂര് അതെന്തായി മാറൂന്നറിയോ ഒരു പച്ചിനെ പിടിക്കുന്നതിന്റെ ചുറ്റു ഭാഗത്തേത് വിതറും ചില ധാന്യങ്ങൾ വിതരാറുണ്ട് ബലന്റെ വെച്ചു പച്ചി പന്തിരിക്കാൻ അതിന്റെ സ്ഥാനത്തായി മാറും മജുരൽ ഹബ്ബില്ല അവിടെ ഹബ്ബ് രണ്ടാമത് മജുരൽ ഹബില്ല പക്ഷിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നൊരു ബലമുണ്ട് ആ ബല ചുറ്റു ഭാഗത്ത് ധാന്യം വിതരും അല്ലെങ്കിൽ മീനെപ്പിടിക്കാനൊരു ഇത് നോക്കലില്ല അതിനി അക്സര സിഹിത്യ പക്ഷികളാ അത് അകർത്തിച്ചിട്ട് ഇവിടത്തേക്ക് കുടുങ്ങാൻ വേണ്ടി ആ സ്ഥാനത്താകും അപ്പൊ ഈ ഹബുൽ കൂലുണ്ടായാലെന്താ കൊറേ ആളുകൾ വരും എന്നുള്ള ഇടക്ക് ആൾ കുറെ ആൾ വന്നപ്പോ പക്ഷികൾ വന്നു കുറെ ആൾ പക്ഷി വന്നപ്പോ എന്താക്കി ഈവന്റെ കെയിമിനുള്ള കേക്കാനായി ആ കേട്ട ഒരു കാഴ്ച ചിലപ്പോ ഓർക്കെല്ലാം പറയാനും എനിക്ക് മാത്രം ഇങ്ങനെയാണെന്നൊരു ചിന്ത കൊണ്ട് വന്നതെങ്കിൽ ഇവനിക്കും ചിന്തിക്കാനായല്ലോട്ട് പഠിച്ചു വിട്ടുന്നുണ്ട് ചെയ്ത കണ്ടില്ലേ ഇത് മനുഷ്യരിക്കലുള്ള വെച്ചിട്ടുണ്ട് ഗുരുതര ചഹബത്ത് ആ ചഹബത്ത് ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവന്റെ മക്കളും പാരമ്പര്യം നിലനിൽക്കുന്നു അതില്ലാത്ത പക്ഷാണെങ്കിലും അങ്ങനെയും കണക്കൂലം അങ്ങനെ ഈ മക്കളും ഉണ്ടാവില്ല മക്കളില്ലെങ്കിൽ പാരമ്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോ ഒരു ചെറിയ ഒരു ഒരു നിസ്സാരമായ കാര്യം കൊണ്ട് വലിയൊരു നേട്ടമുണ്ടാക്കിയ സ്ഥാനത്തായി പറഞ്ഞു തരുന്നു മനുഷ്യനിക്കിപ്പോ പൂടിയർക്കാനുള്ള കച്ചവടം ചെയ്യണം ലാഭത്തിന്റെ സഹഭാഗത്തിൽ ഇല്ലെങ്കിൽ അങ്ങാടി വരുന്ന കച്ചവടം നടത്താം നമുക്കൊരു സാധനമാണെന്നില്ല കച്ചവടക്കാർ തവപ്പിലാക്കി കനായം ഒരാഴ്ച പൂടിയോർക്കുന്നില്ല ഒന്നില്ലാത്തോട്ട് ഇന്ന നമുക്കിവിടെ നെയ്വാങ്ങാനും സാധനം ഉണ്ടാക്കില്ല അപ്പൊ ഓയിട്ടുണ്ട് അത്യാക്കാൻ നമ്മക്ക് ഉപകാരത്തിനായി അതുപോലെ ജാഹിനോടുള്ള ഹുബിനെ അള്ളാഹു തലമനു പടത്തിയതിനാൽ ഹയാത്താക്കാൻ അതൊരു കാരണമായി മാറി എന്താദ മുസവദിപ്പെട്ട കാരണമാകണമെങ്കിൽ പഠിക്കുന്ന പന്നി ഇല്ലാകണം അതിന് വകുപ്പുള്ള പന്നാണോ അതാ പറയുന്നത് ഈ പറയപ്പെട്ട ഒലൂമിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ നേരെ നമ്മൾ സ്വന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേത് ഖിലാഫിത്തുൽ ജദലും അടിതല്ലുന്നുണ്ടാക്കുന്ന അതാ പം മഹനത്തുൽ കലാമിൾ അരീബത്തായ കുറ പോ കാര്യങ്ങൾ ഇൽമുൽ കലാമിൽ നടക്കുന്ന തർക്കങ്ങൾ ഖിലാഫിത്ത് മുതലായവ ഇല്ല കസവത്തൽ കൽ മറ്റുള്ളതിനെ അവഗണിക്കലും ഇതിനായിട്ട് ഒരുങ്ങിക്കെട്ടലെന്താ കൽവിന് കഫലത്തുണ്ടാക്കാനും പസാവത്തുണ്ടാക്കാനല്ലാതെ ഉപകരിക്കൂലി സമാധിയം തടബല്ലിൽ അതുപോലെ നലാലിൽ അങ്ങീശത്വം നീണ്ടു നീണ്ടു പോകാനും ജാഹിനെ തേടാനല്ലാതെ ഇല്ല മം താഹുത്താലിർമദ് ഹി അല്ലെങ്കിൽ അള്ളാഹുബാഹ റഹമത്ത് കൊണ്ടോ ഏതാ ഏറ്റെടുക്കാത്ത കാലത്തോളം ഏറ്റെടുത്ത് പോയിരുന്ന കേടിച്ച് മടങ്ങി ഈ സമയം വെറുതെ പോയി പോയി ആരാ മടങ്ങുന്നു രക്ഷ വെച്ചു അപ്പൊ അവിടെന്തണ്ട് നിങ്ങൾക്കും ശരിയായിട്ടില്ല ആ പഠിക്കേണ്ട ഫണ്ടുകളും മാറിപ്പോയി എല്ലെങ്കിൽ എന്ത് വേണം ആ മതത്തെ പിന്നെ ഹൈറോമിനുള്ള ഒരു ദീനീയ ഈ ഹിനാഫീത്തോട് ചോലാകുമ്പം തന്നെ എന്താകണം ഒരു ദീനിയ ഒരു വേറെ തന്നെ കൂടെ പൂട്ടിക്കലർക്കുക എന്നാ അതിന്റെ നീക്കട്ടെ അത് ചോദിച്ചു ഇങ്ങനെ ഇതിന് തെളിവാച്ച് പറയാനെന്നുള്ള സ്വന്തം അനുഭവങ്ങളും നാട്ടിൽ നടക്കുന്ന മുസാഹദയും അല്ലാതെ മുസാഹദ അവരൊക്കെ മുസാഹദല്ല പറയുന്നത് കണ്ടിട്ടനുഭവിച്ച അനുഭവങ്ങളും സ്വയം പരിജ്ഞാനവും അല്ലാതെ വേറെ തെളിവാച്ച് പറയുന്നത് ഞാൻ അനുഭവിച്ചാടാറുന്നു അതാണ് ഇല്ലാമൊക്കെ അതെ അനിയന് ഒരു പാട്ട് പാടിയെന്നാ പറയുന്ന അനിയൻ അഹമ്മദ് സൂപ്പിണ്ടാളായിരുന്നോ അഹമ്മദ് ചേക്കാൻ പോയാലും ഒരു പാട്ടുപാടി പോലെ ആ പാട്ട് കണ്ടത് ഒരാളുണ്ട് അയാളെ അരമാക്കി മാറിയിട്ടുണ്ട് ഒരിക്കലും കത്തിയാവുന്നില്ല അതെല്ലാം പറഞ്ഞു അപ്പൊ ഇതെനിക്ക് വെച്ച് വെപ്പാന്ന് തോന്നിയതിന് മൂപ്പിന് ആലോചിക്കുന്ന പറഞ്ഞു അപ്പൊ ഇതിന്റെ സ്വന്തം മനുഭവം പുറമേ കാണുന്ന മുസ്ഹാദാനെ നമുക്ക് തെളിവാഴ്ച പറയാൻ കഴിയുന്ന ധാരാളമുണ്ട് നിബാധി ബൽവിലാസ്ത നാടുകളിലും ജനങ്ങളിലും ഇത് തഹസീക്കായിട്ട് കാണണമെങ്കിൽ നല്ല കാണുന്ന കണ്ടോണ്ട് നല്ലോണം ഇരുന്നാലോചിച്ചിട്ട് നോക്ക് സംഗതി ഞാൻ പറഞ്ഞ പോലെ ഇല്ലേന്ന് നോക്കിയും നാട്ടിലെടുക്കുന്നതിനാലോ ആലോചിച്ചാൽ മതി ആ കേട്ടവാട് ാഹു എന്നിവരെ കാണപ്പെട്ട് അസീനൻ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു ദുഃഖത്തിലിരിക്കുന്നു സഖീര ലഹു ഓരോട് ചോദിച്ച മാനക്ക സുഫിയാന സൗരി തങ്ങളെ എന്താ നിങ്ങൾക്ക് പറ്റിയത് സ്വകാല ഓറ് വറുത് തിർണി അഭിനായ ദുഞ്ഞാവിന്റെ മകൾക്ക് നമ്മൾക്ക് അച്ചവടക്കാറായി പോയല്ലോ നമ്മൾക്ക് അച്ചവടം ചെയ്യുന്ന ഗുഡിയായി പോയി ആയിരിക്കും ദുഞ്ഞാവിന്റെ മകൾക്ക് സമനം അങ്ങനെയുള്ള ഗൂഢിയായി മാറിപ്പോയി ഇന്ന് അവർ ഉമ്മ തന്ന് നമ്മളെ ചേർക്കുന്നില്ല ആള് കച്ചവട ചേർക്കായിട്ട് ജയിക്കുന്നുണ്ട് അതെന്നെ പോയിരുന്നുന അഹദുഹും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നമ്മളൊക്കെ കുറെ കാലം കൂടൂ കൂടിയിട്ടോമാനൻ കൊറച്ചാലോ പഠിച്ചോക്കുമ്പോൾ പറയുന്നത് ഓർ കായിട്ടുണ്ട് പോലും ഓർ ഉദ്യോഗസ്ഥനായിട്ടുണ്ട് പോലും അല്ലെ പട്ടാളക്കാരനായിട്ടുണ്ട് പോലും ഒന്നും പല ജോലികളിലേക്കാണ് പോയിന് പഠിച്ചുകൊണ്ട് തുഞ്ഞാവിന്റെ വെളിച്ചവരെല്ലാം പഠിച്ചിരുന്നു അപ്പൊ തുഞ്ഞാവിന്റെ അവർക്ക് ചരക്ക് വെക്കുന്നതാണ് ഞമ്മജർ മത്തബീരൊന്നുമില്ലാട്ടാണ് മത്തജറിനാണുള്ളത് ോ അതിലേറ്റവും അന്റെ രഹസ്യം നിൽക്കുന്ന സംഗതി എവിടെയാണ് നടക്കുന്നത് അതിന്റെ ജീവനാടി എവിടെയാണ് കിടക്കുന്നത് എന്താ തൊട്ട് മുത്താലിമെ തടയേണ്ടത് എങ്ങനെയാണ് ആടെ പേര് പറയാതെ താഖി പറയലാണ് നീ എന്ന് ആരെ പറ്റുമ്പോൾ തന്നെ മൊത്തത്തിലെന്താക്ക എല്ലാവർക്കും പൊടി ഒറ്റപ്പറച്ചിരുന്നു അത് എത്ര നാളെ മനസ്സിലാക്കട്ടെ അറിയില്ല അത് താരിലാക്കൽ മാന എത്രത്തോളം താരലാക്കും അത്രത്തോളം വള ഇത്തോ ഒന്ന് പേര് വഷ്ടൊക്കെ പാടില്ല ഫുലാൻ ഇന്ന് പേരെടുത്ത് വന്നിട്ട് തങ്ങളങ്ങനെ അല്ലെങ്കിൽ ഇവരിങ്ങനാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലാണ് പിരിക്കടാക്കലാണ് നമ്മളെ പേരും അറിയാൻ വേണ്ട കാര്യം ആ പറയുന്ന എന്നെന്താന്ന് വിമർശന ബുദ്ധിയോടെ പറയാൻ പാടില്ല അത് കാരുണ്യം കൊണ്ടായിരിക്കണം പറയേണ്ടതെന്നാണ് അപ്പൊ തരീക്ക ബ്രഹ്മത്താകണം വിമർശനശൈലി അല്ല അവിടെ വേണ്ടത് റഹമത്തിന്റെ തരീക്കാണ് എന്തതിന്റെ കാരണം അല്ലേ വേണ്ടി ബാഗല്ലേ വേണ്ടി എങ്ങനെയാണ് ഹൈബത്തിന്റെ ഹിജാബന് എന്ന് പറഞ്ഞു ഹൈബത്തൻ അത് ബാഗായിക്കൂട്ടു പേര് വ്യക്തമാക്കി പറഞ്ഞാൽ അങ്ങനെ ആക്കുന്നുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോ അണങ്കടത്തിലായിരുന്നേന്ന് വന്നിട്ടുള്ളൂത്തിനെത്തിയില്ല എന്നാ വന്ന ഹൈബത്ത് എന്ന് പറഞ്ഞാൽ അവരൊരു ഗാംഭീര്യുണ്ട് ആ ഹിജാബു ഹൈത്തിന് എന്താ പറഞ്ഞു ിലാബുമായിട്ട് വീടാനുള്ള ധൈര്യത്തിനെ പകർത്താൻ ഉണ്ടാക്കി തീർക്കുന്നു ഏതായാലും ആകെ മുങ്ങിയ പിന്നെ ജീവിതം നോക്കണ്ടല്ല നേരത്തെ ഉണ്ടാകും പെരിക്കാടായി പോകുന്ന ഹിജാബ് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കേണ്ടത് വൈഹിൻ ആ ചൈത ആ തെറ്റുണ്ടല്ല അതുമ ഉറച്ചിരിക്കാനുള്ള പ്രേരണയാണ് അവിടെ ഉണ്ടാക്കിത്തീരുക എന്നത് ഇനി ഇത് കോണ്ണാൻ മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാലിമീങ്ങൾക്കും മാതൃക തങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട് എന്താക്കി എന്നറിയോ കറിയപ്പെട്ടു അതായത് ഒരു കുറ്റകൃത്യത്തിനെ പരസ്യമായി എതിർത്താൻ എന്താവുന്നറിയോ അവിന അവർ ഇഷ്ടാതാവുന്നു ആള് ഭിന് പേര് വേറെ എന്ന് പറഞ്ഞതാണ് ഈ മൃഗങ്ങളുടെ കാഷ്ടോ മൃഗങ്ങളുടെ കാശ് എങ്ങനെ ചിക്കിട്ടിങ്ങനെ പൊട്ടിട്ടിങ്ങനെ നോക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കും തെച്ചിനെ കുപ്പുതീർ ചിന്തിക്കുമോ ആ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം ആകൊണ്ട് അത് നമ്മക്കൊന്ന് നടത്തി നോക്കണോന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ തെറ്റ് വിരോധിക്കുന്ന ശരിക്കും മാറിയാണ്ടാക്കും തെറ്റിന് പ്രേരണ വർദ്ധിക്കലുണ്ടാക്കും അപ്പൊ എന്താണെന്ന് അറിയാം വക്കാലോ ജനങ്ങൾ പറയും ഇല്ലാതിലെന്തോ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് നമ്മളെ തടഞ്ഞത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉണ്ടാവുന്നു വൈനപ്പിക അതിന് വേണമെങ്കിൽ ഒരു ചെറിവ് പറഞ്ഞു തരാ കിഷ്ട സ്വാദംബാസാമിനെ ഉണ്ടാക്കി എന്നറിയോഹിയോ ഒരു മടം കൊണ്ട് എടുക്കാൻ പാടില്ല എന്നുണ്ടാക്കി അന്നാഹ പാസാക്കി ഇവരിൽ അമ്മത്തിൽ എന്തോ അതെന്താ അമ്മരം മാത്രം വിരോധിക്കാൻ കാരണം എന്താണ് അത് അത് ആ ക്രിസ്തയിൽ ആലോചിച്ച് നോക്കിയാൽ മതി ആ ക്രിസ്ത പരസ്യവും കുറവാന് പറഞ്ഞു അത് പറഞ്ഞിട്ട് സമൃദ്ധി തകോല സമ്രാൻ അത് നേരം പോക്കാട്ട് കഥ കേൾക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയല്ല ഈ കഥകളും ചരിത്രങ്ങളും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന ആ മാർഗത്തിൽ കൂടിയാണ് കട പറയുന്നതിന്റെ വ്യക്തിയുള്ളത് അപ്പൊ ഇതാണ് താരേദിന് കച്ചരിയും തമ്മിലുള്ള നേട്ടവും കോട്ടവും ഇനി മാത്രമോ വലിയ അന്നത്താരീന്നായി ഞുമയിലൊക്കൂസൽ പാതിരത്തെ വല്ലധാന ഇതൊക്കെ നല്ല നഷ്ടുകാറും നല്ല ബുദ്ധിക്കാറും ഉണ്ടല്ലോ ഓർക്കി താരേത് കേട്ടാൽ തന്നെ അതിന്റെ ആള് ഞാനാന്നോളിയും തോന്നിയിട്ട് തീർത്താൻ പ്രേരണ കാരണം അതിൽ ഞാൻ കൊടുക്കാൻ പാടില്ല അത് സ്വയം ചിന്തിക്കുന്നാ അത് എനിക്കെല്ലാം ഒറ്റോണിക്കാന്ന് വരാൻ കാരണം രക്ത ഹീസായതുകൊണ്ടാണ് ഇപ്പം തോന്നിയാവാൻ എന്നെല്ലാം തോന്നി എന്തുകൊണ്ടാണ് ആ നവോനെ രക്തസമീസായതുകൊണ്ടാണ് അപ്പോ പാതിരത്തായ റിഫോസുകൾ അധഹാദിതത്തിയ നിരക്സിംഹാസി മഹാനി അതിൽ പറഞ്ഞ മഹാനി കണ്ടെത്തും ഇയാള് എന്തെന്തിനെ പറ്റിയാ പറഞ്ഞത് ആ അത് ചെറുപ്പം എന്തിനുണ്ടായിരിക്കും അപ്പൊ ഞാനെങ്ങനെയാക്കിയോളി എന്ന് പറയുന്നില്ല ി മായനാവൂ അപ്പോൾ അവൻ ആ മായന ഉൾക്കൊണ്ടല്ല ആ സന്തോഷം ഓരുന്നത് അതുകൊണ്ട് അറിഞ്ഞാലുള്ള രകമ്പത്തിനുണ്ടാക്കി തീർക്കും ആ അതിലേക്ക് ബുദ്ധി എത്തിച്ചേർന്നപ്പോ അതെന്തിനിലുണ്ടോ ഇല്ലയോ അതാ നീയാലി കിന്മാല കിട്ടനെ സീ ഓക്ക് തോന്നു ഇത് ആ പത്താനത്തിനെ തൊട്ട് വായ്പാകാൻ പാടില്ല അതും കൂടി അറിഞ്ഞേ പറ്റൂ അത് വേണ്ട രൂക്ഷമുണ്ടെങ്കിൽ അത് മാറ്റിയേ പറ്റുന്നുണ്ടാക്കുവാൻ ബോധവാനാക്കുന്നില്ല ഇനിയപ്പ ഒരു വനഃശാസ്ത്രീ വേറെ ഒരാളും ഓരോ സൈക്കോളജിസ്റ്റും പറയാനില്ല വേറൊരു പാലിൽ തന്നെ ഉൾപ്പെക്ലാസ് എടുത്താന്ന് പറഞ്ഞു നമുക്ക് ഒരു ബുക്കെടുത്തുള്ളപ്പോ ബുക്ക് നാല് കേട്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റൊന്നും പറഞ്ഞിട്ടൊന്നും പറയുന്നുണ്ട് ആ ബുക്ക് വാങ്ങിയിട്ട് പ്രസിദ്ധീകരിക്കുന്നു അത് അത് ആൾ പ്രചരിക്കാനാ കാരണമാകില്ല ഇപ്പൊ ഇവിടെ പിടിച്ചില്ലേ ജുദൂസറെല്ലാം പിടിച്ചതിന്റെ പത്തു കൊടുക്കാണ്ടെന്നെ പരസ്യം കിട്ടിയല്ല ഏതെല്ലാം മൂലക്കെ ഉണ്ടാണെല്ലാം മിസ്റ്റെന്ന് പറയും അമ്മൂലൊക്കെ വരിക ആളു കിട്ടിയില്ലേ അതാണ് ഇതാക്കണ്ടേ നമ്മക്ക് പറയാനുള്ള അട്ടീത ഇന്നതാണ് ഇന്നതാണ് പറയേണ്ടത് ഇതിനെതിരായിട്ട് പലതും കേൾക്കും പലതും കാണും പലതും പ്രസിദ്ധീകരിക്കും അതൊന്നും മിസസ്റ്റ് പറയാം എല്ലാം ഇന്നന്റെ വരി കൂടി കച്ചാൻ അച്ഛനങ്ങ് പറഞ്ഞാൽ ബുക്കും പായിക്കണ്ട പേജ് അഞ്ചും പറയണ്ട ലക്കാറും വായിക്കണ്ട ഒന്നും വായിക്കണ്ട അൽഫു ചില ഇൽമ കൊണ്ട് സ്പെഷ്യലിസ്റ്റ് ആയ ആളുണ്ടോ അവൻ പാടില്ല എം ബി അല്ലിമല്ല ഇവന്റെ ഫെഷലിസ്റ്റ് അല്ലാത്ത വേറെ ഇൽമുണ്ടല്ല ആ ഇൽമിനെല്ലാം അന്ന് മോശപ്പെടുത്തിയിട്ട് മുത്താലിമിനെ തോന്നിപ്പിക്കാൻ പാടില്ല അതിന്റെ ആവശ്യകഥകൾ അതും ഇതാത്ത വസ്തുതല്ല ഇന്നതിന്റെ ആവശ്യങ്ങൾ അതിനെ കൊണ്ടുണ്ട് എന്ന് പറയാൻ അത് മഹാകുടകത്തിക്ക് പറഞ്ഞു എന്നാ എന്താക്കും ആ ഇൽമിന്റെ ശത്രുവായി മാറി മുട്ടാലിം ഒന്നിനോട് ശത്രുത പാടില്ലെന്ന് കൊണ്ടുപോയിട്ടില്ല ഇൽമെല്ലാം ആവശ്യമില്ല അല്ലേ ഇതിനെന്താക്കാം ഒരാൾ ഒന്നിന്റെ പ്രസിഡസ്റ്റാ അൽമ മാത്രമേ ഇൽമുണ്ടോ ബാക്കിയെല്ലാം മോശാന്ന് പറഞ്ഞു കൊടുത്തേക്കാം അല്ലിമിൻ ലുഹത്തി ലുഗത്ത് വർത്തിക്കുന്ന ഒരാള് അതിന്റെ പ്രസിഡസ്റ്റാന്ന് ഇത് ആകത്ത് ഓഞ്ചിന് പതിവുണ്ട് ചക്കതിൽ ചിക്കൻ ചിക്കഹിന വല്ലാണ്ട് കുറവാക്കി പറയുന്നത് ഓവെപ്പൊക്കാർ ഉണ്ടാവും എന്താക്കണേ ഇംഗ്ലീഷുകാരെ വല്ലാണ്ട് പറയുക അങ്ങ് മാറാതെ വിഷാന്ന് അങ്ങനെ ഇംഗ്ലീഷുകാർ ഓവൽപ്പൊരിക്കാറോ പറയുക എന്തല്ലോ പതിമൂട്ട ഇട്ടിട്ട് കുരുക്കിട്ട് കുടിക്കില്ല എന്നല്ല ഇങ്ങോട്ടും പറഞ്ഞു ജൂലാഴ്ചക്കാർ അങ്ങോട്ട് വന്നു അസുമാക്കാർ ഇങ്ങോട്ടും പറയുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറവാരങ്ങനെ കൂടെ നടക്കുക ഓറാമിനെ അതിന്റേതായ പോളിസി പറഞ്ഞു കൊടുത്ത് അതിന്റെ മഹത്വം പറയുന്നില്ല പതിവെന്താണെന്ന് അറിയോ ആ തൊ തീർമിൽ ഹദീസ് ഹദീസിന്റെ ഇരുന്ന് തത്വന ഇരുമു ഞാൻ വല്ലാണ്ട് കുറവാക്കി പറഞ്ഞു മാത്രമോ വാന്നതാലികതും മഹനും നിർമിൽ ഹദീസിനെന്താ ആ കണ്ടങ്ങനെ തന്നെ കോപ്പി അടിക്കാൻ എല്ലാണ്ട് ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് നോക്കില്ല ആ കണ്ട പോലെ അങ്ങനെ തന്നെ വേണം ഒരു കോപ്പി അടിക്കും ഇങ്ങനെ കാച്ചറ്റാകില്ല എന്ന് വേണ്ട പറഞ്ഞു വെച്ചാൽ വാൻറെ നാളിക്ക് നത്തൻ മഹനാമെന്നും ബുറും സമാഹരണം ബഹുവശങ്ങളിലുള്ള ജായി ഇതെന്നെ തോണ്ടി പെണ്ണുങ്ങന്മാർക്കെ വെച്ചു അതാണ് ഒന്ന് ചിന്തിക്കാനും ബുദ്ധിയില്ലാത്ത ആണെന്ന് അങ്ങനെ പുറത്തടിക്കാനും പോലെ നന്ദ്രളിന്റെ അക്കനെ ചെയ്യി അക്കനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാക്കും ഹരിത്തിനും തസ്തിന് കോർവ് അറിയും ഉൽ കലാം ഇൽമുൽ കലാമെ പഠിപ്പിക്കുന്ന പോലെ താക്കും എന്നറിയോ യൂണിവേഴ്സിറ്റി ചെഖനത്തുവാൻ പെരട്ടി ഓടിക്കും ചെക്ക് ഒന്ന് നോക്കരുത് എന്തുകൊണ്ടാണ് വഴി റാലിക്ക പൊറുണ്ട് അതെല്ലാം ഓരോ പൊറോയി അങ്ങനെ സംഭവിച്ചാലെന്താ നിങ്ങനെ സംഭവിച്ചാലെന്താ നിങ്ങനെ ഓരോ പൊറുവാണ് ബഹുബ കലാമൂർത്തി പൊണ്ണങ്ങളായത് എന്തായത് പൊണ്ണങ്ങളായത് ഞാൻ കത്തേയും മുട്ടിയാണ് ഈ നീ കിറ്റി പറയേണ്ട വിഷയം എന്ന് പറയുന്നത് അതിന് അയൽ നിപ്പാത്ത പറയാൻ ഫായിതാല മിനൽ കലാമി സിഫത്ത് റഹ്മാൻ നമ്മ ചർച്ചാപിച്ചോ റഹ്മാനായ അല്ലാതെ സിഫത്ത ചർച്ചാപിച്ചോ മറ്റേതോ നിങ്ങളായിരുന്നു ചോദിക്കുന്നു എവിടെ കിടക്കുന്ന ചർച്ച എന്താ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഈ കുറവറിൽ നിന്ന് മഹാദി ആക്കലാക്കും മതുമോത്തിൽ മുത്താൻ മാലിനി മാലിനികളെ സംബന്ധിച്ചിടത്തേണ്ട വടക്ക് സ്വഭാവമാണ് അത് മുഴുവനും കയ്യോൽ സേവച്ചു മുത്തഫീലാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ആര് എത്തിയിട്ടുണ്ടല്ലോ അയാള് ഓരോന്നിനും സ്പെഷ്യൽ മാത്രം സ്പെഷ്യലിസ്റ്റ് കണ്ണുനോക്കാന്റെ കുറവ് പറയാൻ പാടില്ല കണ്ടുകൊണ്ടേ കണ്ണുനോക്കുന്നവരെന്താ പറഞ്ഞത് ഹാർട്ടിന്റെ ആളെന്ന് വെച്ചാൽ അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാക്കുന്ന എന്തോ സാധനം ആയിരുന്നു കാര്യം കേൾപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഡോക്ടർമാർ വരട്ടിങ്ങനെ വന്നാൽ ആശുപത്രി കൂട്ടിയത് ഒരേ ഇൻമ കൊണ്ട് മുത്തക്കപ്പിലായ ആളെന്താക്കണം ഞെമ്പക്കിമസ്റ്റാലും മുത്താലിനും ഈ തരി കത്താലിനീ കയ്യില് ഈ മറ്റുള്ളിയും കൂടി പഠിക്കാനുള്ള വിശാലത മനസ്സാണ് കൊടുക്കിയാകൊണ്ടത് എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു എല്ലാ ദുസർക്കും പോകണമെന്നാണ് പറഞ്ഞത് ആ അങ്ങനെ പോയിക്കൂടാറില്ല മുട്ടക്കത്തിൽ നിന്നാളും എന്താകണം സാധനത്തിനും പോണോ ഏ ഓർ സാധനിക ആളായ കൊണ്ട് മതി വിളിക്കാൻ വരൂല ഓര് അങ്ങനെയൊന്നും അതൊന്നും പറയാൻ പറ്റില്ല വൈകാല മുത്തക്കിലമ്പോമിൽ ഇവ പലയിൽ നിന്ന് കൊണ്ടുള്ള മുത്തക്കില എന്ന് പറയാം അങ്ങനെയാണോ അങ്ങനെന്തേണം ആദ്യമേത് പഠിക്കണം ആദ്യമേത് പഠിക്കണം എന്നുള്ള തർച്ചീബ് അവിടെ പരിഗണിക്കൊള്ളണം ഈ തറക്കയ്യത്തിൽ മുത്താദിബത്തിനും ഇത് ആറുത്തുബത്തിൻ്റെ ഉത്തമീനും മറ്റൊന്നിലേക്കും മറ്റൊന്നിലേക്കും ഇന്ന് കടത്താൽ ഒരു സിലബസിന്റെ തർസീബ് ഉണ്ടാക്കിക്കൊള്ളു ആദ്യം ഇതാവേണ്ടത് പിന്നെ ഇതാവേണ്ടത് പിന്നെ ഇതാവണ്ടിതെങ്കിലേ പൂജക്ക് തേങ്ങിണ്ടോ മുറിമേങ്ങട്ട് പൂച്ചക്ക് തട്ടിക്കളിക്കുന്നുണ്ടെങ്കിൽ പൂച്ച കൊടുക്കേണ്ട അന്നേ കിന്നാൻ പറ്റിയ അപ്പോ നമുക്കിത്തല്ല പൂച്ച വീതം കൊടുക്കാം ആറാമത്തെ വദീഫെന്താണെന്നറിയോ ഇവന്റെ പഹുമിന്റെ കവരുണ്ടല്ലോ അവഹിക്കാൻ കിട്ടുന്ന ചക്തി ആ ശക്തിന്റെ കണക്കനുസരിച്ച് ഇണ്ടാക്കണം പറഞ്ഞു കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ കന്നുകൂട്ടുന്ന അപാടാ എല്ലാരും തെരക്കത്ത് വാങ്ങു എരിയൊക്കെന്താ നിന്ന് താലിയുമുണ്ട് എന്താ ഇന്നത്തെ വിഷയം കതിര് അൽബാബുല്ല ഓരോന്താ ഇന്ന് കാര്യമുണ്ട് െ ഏറു മിക്ക കാര്യമാ കഥ മാത്രുസാൻ എല്ലാരും അൽബാബുസാൻ വേദത്തിൽ എന്താ നിങ്ങള് ഭയങ്കര അല്ലെ എന്താ കാര്യമാത്ര പറമ്പിന്റെ കതിരക്കറുണ്ടോ അവിടെ ആ ആ കണക്കനുസരിച്ച് പറഞ്ഞുകൊടുക്കണം എന്ന് ചോദിച്ചോന്ന് ഇങ്ങനെന്തോ അറിയുന്നില്ല അവിടെ തിരിയുന്ന ആൾ ആരോട് പറയുന്നുണ്ടല്ലോ അതിന് ആ പഠിക്കേണ്ട അതിന്റെ ആകെ കെട്ടല്ലേ ഇച്ചിരി ഇങ്ങനെ പാക്കി പറഞ്ഞിട്ടെല്ലാം കൂടെ കെട്ടാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടും മതിയല്ല എന്നുണ്ടല്ലോ എന്തെല്ലാം കാര്യത്തിന്മാരെ കടന്നാലാ പറ്റുന്ന ആ മുഖിം അത് കയ്യാറാതിന് അങ്ങനെ തന്നെ കടത്തിവിടല്ല എന്ന കഴിയുമല്ല അപ്പൊ പല ജബു ലു അക്ക ലുഹു അവന്റെ അക്കലെത്തിച്ചേരാത്തൊരു കാര്യം അവരിലേക്ക് സംസാരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് അന്ന് എന്തോ ഫൈനത്തിറുഹു അത് അവന് ആകെ വിലക്കി ഉണ്ടാക്കി എന്തപ്പൊ ഞാനിങ്ങനെ ഇതിട്ട് എന്തോ ഇങ്ങനെ ആഹാ ആഹാന്ന് പറയുന്നല്ലേ അല്ലേ ആമ്പിത്തല്ല അച്ഛനഹു അല്ലെങ്കി എന്റെ അച്ഛൻ നാഗൊരു അമ്പലപ്പുണ്ടാക്കി തീർത്തിട്ടുണ്ടാവും എനിക്ക് ഒന്നും തിരിഞ്ഞില്ലെന്ന് വെച്ചിട്ട് എന്താ പിരിഞ്ഞ് കള്ളാൻ കഴിഞ്ഞാൽ കൊള്ളാൻ കൊണ്ടാലോ അച്ഛനും ഇവിടെ കഴിഞ്ഞു അപ്പൊ ഒന്നിക്കിലും അതിനെ തള്ളിപ്പറയൂ അല്ലെങ്കിലും അക്കല്ലാതെ അമ്പരപ്പുണ്ടാവും അപ്പൊ രണ്ടാമൊന്നാണോ ഒന്നിക്ക് തള്ളേ കൊള്ളു അല്ലേ ഒന്നിക്കൊരു ഓനാലാവും താളിലാവിലാവുമല്ലോ അനിക്ക അതെന്തിനാ അങ്ങനെ ആക്കുന്നു എത്തിതാലിക്കൽ ഭക്ഷണം എന്തിനുള്ള പറയുന്നു സംഗീതം പറഞ്ഞു അനീവല്ലോട് ബിന്ദിച്ചവനാവാൻ സുഖ തങ്ങൾ പറഞ്ഞിട്ടാണ് വനുക്കല്ലിമകും നമ്മളാരാണ് അമ്പിയാക്കണം അല്ലെ നമ്മളോടുള്ള കൽപ്പന ഓരോ ജനങ്ങളെയും അവർ അവരുടെ മനസ്രക്ക് മനുഷ്യരി തീർക്കണം ഓരോരുത്തരുടെ സ്ഥാനം അകു അതും പോണം അവർ ആക്സിഡന്റ് അനുസരിച്ചെടുത്താൽ അതാണ് നമ്മുടെ വിഷയം അച്ഛനുസരിച്ച് സംസാരിക്കണമോ അപ്പോൾ ആ മനുഷ്യനാകല് കൊണ്ട് മണിക്കൊരു ബുദ്ധി സാമർത്ഥ്യമുണ്ട് എന്ന് കണ്ടാൽ ഹകൈക്കത്തിന് വഴിക്ക് പറഞ്ഞു കൊടുത്തോട്ടെ നമുക്കൊരു പ്രശ്നമില്ല നമ്മളെ സ്വഭ്യാനം കൊടുത്തിട്ട് മറ്റേ ആമിന്റെ ആമിന്റെ നസീനെ ലസീമാക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തതെല്ലാം കൊടുക്കുക ഏതെങ്കിലും ഒരു കോമ് കോമിനോട് ഒരാളൊരു ഹദീസ് പറഞ്ഞു വിജയം പക്ഷേ ഓറെ ബുദ്ധിത്ഥിക്ക് എത്തൂല എന്നാൽ ആ ആ ശസ്ത്ര എന്തായറിയോ ഓർക്ക് കെത്തിനെല്ലാം ഉണ്ടാവൂല എന്നോണ്ടൊരു മേശരീക്കതിനെ കുറിച്ചിട്ട് പണ്ടൊന്നോക്കരോട് വിഷമം പറഞ്ഞത് ഇതൊന്ന് വാങ്ങിച്ചോക്കണോ അതാണ് ഈ അയ്യാസ് അതൊന്ന് വായിച്ചോ ബാക്കി അത് ഉത്തരം പറഞ്ഞില്ല ഇതൊന്ന് വായിച്ചോക്കാം അപ്പൊ കള്ളിരിൽ കൗരവും ഇസ്ലിബാബല്ലോ ചെറു സിദുൾ കതറും മഹദി സംസാരിക്കുന്ന അങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുള്ളത് അബ്ദുൾ മാമൻ എന്താ പറഞ്ഞത് സോഫിയത്ത് പറഞ്ഞ ചെല്ലും കാര്യം ഞമ്മക്കെ ഉൾക്കൊള്ളാൻ വന്നില്ല എത്ര വലിയ ആളി പറയുന്നു എത്ര വലിയ ആള് ഓർ പറഞ്ഞാണ് മുൻകഴിഞ്ഞ ആള് പറഞ്ഞ സാധനത്തിന്റെ ചട്ടി തുടത്തിൽ എന്റെ പൊളി വര അടച്ചയാളാ ഞാനിന്നടമ്പു വെച്ചിട്ട് മാത്രമല്ല ചട്ടി ചിരണ്ടിന്റെ പൊളി വരുന്ന ആളാ ഞാനിന്ന് അവർ പറയുന്നത് അന്നാണ് പിന്നത്തെ അവർ പറഞ്ഞത് ഇന്നലെ സോഫിയത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അത് പറഞ്ഞിട്ടുള്ള മറിച്ച് പറമ്പ് ചോദ്യമാർപ്പെട്ടാണല്ലേ മുസൻ തന്നെ മുത്തോ ചോദ്യല്ലോ ആചാരയില്ലാത്തതിലേ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ടിങ്ങനെ പറയുന്നു ഇന്നാഹുനാലോമൻ ജമ്മ വീടെമണ് വജ തുലഹ അമല തന്നെ അത് വഹിക്കാൻ പറ്റിയ ആളെ കെട്ടിയും തിരക്കടില്ലേന്ന് അപ്പൊ ഓരോ ഇന്ന് പറഞ്ഞോക്കാൻ പറ്റുന്ന ആള് കളിച്ചില്ലെന്ന് നോക്കുകയാണത്തുകൊണ്ട് ഓരോടങ്ങും പറയുന്നത് ഓരോ പറഞ്ഞ എത്ര കസാദിമാർമ്മിനി നല്ല ആവേശമായി പോതൊക്കെ റങ്ങിയ ഓരോ പണ എത്ര ചെയ്യാന്നു ഓരോ പഠനത്തിനുണ്ട് പറയ കാര്യം ഏ സൊ കൊലോബില്ല വലിയ നേതാക്കന്മാരുടെ കൽബ് എന്ന് പറഞ്ഞാൽ അസറാറിന്റെ കവറല്ലേ അക്റാറുകൾ അപ്പോൾ ആലിമാ ഒരാൾ അയാൾ അറിഞ്ഞുകാരൻ മുഴുവനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റൂലാണ് നമുക്ക് ഹാത ഇത് തന്നെ അപ്പൊ ഇതാക്കാണ് എപ്പഹ മുഹൻ മുത്തണ്ടിമും മുത്താലിമും മനസ്സിലാകുന്ന സ്ഥലത്തേക്കായി പറഞ്ഞത് ഇത് അറിഞ്ഞതെല്ലാം ഈ പറ്റൂല വലം ഞെക്കുന്ന ഹലിൽ എന്തി ഈ പക്ഷെ തീയുമെങ്കിലും എന്തിപ്പായന്റെ സംജായിട്ടില്ല അപ്പൊ തീരെ തിരിയാത്ത കാര്യമാണെങ്കിൽ പിന്നെ എന്തു പറയാനുണ്ട് തീരുന്ന കാര്യം തന്നെ പക്ഷെ അവൻ പോന സമയത്തില്ല എന്നാ തന്റെ വർദ്ധു കൊടുക്കാൻ പാടില്ല എങ്കിൽ തീരെ തിരിക്കാത്ത കാര്യം പിന്നെ എങ്ങനെ പറയൂ അതുകൊണ്ടാണ് മുത്തിന്റെ മാലകെട്ടിക്കൊടുക്കല്ല എന്ന് പറഞ്ഞത് അനർഹമാസ്ഥലത്ത് ചെലവാക്കുന്നതിന് അർത്ഥം പന്നിന്റെ മുത്തന്റെ മാലഘട്ടി അനർഹമാസ്ഥാനത്ത് വെക്കുന്നില്ലേ അതാ ഹൈമിനൽ ഹിക്കുമത്ത ഹിക്കുമത്ത് എന്നുള്ളത് ഹൈറുമിനൽ ജൗഹരി ഈ മുത്തനാക്കണ മുന്തി ജൗഹറാണ് വമൻ കരിഹ അതിനാരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ പൊതുവർറും മിനൽ ഹനാതിരി പതിനാക്കാണ മോശമാണല്ലോ വലിതാളിച്ച തീരലിക്കുല്ലി ിൽ നിരോധുക്കോരോ അകുദിനെയും നീ അളക്കണം എങ്ങനെ ഓൻ ആക്സിഡന്റ് അളവത്ര നോക്കി അളക്കണം ഒരു മനുഷ്യനളക്കേണ്ടത് കൊണ്ട് ആക്സിഡന്റ് അകലെ ഒരു അയ്യാന്ന് പറഞ്ഞാല് പോത്രം ഇതപ്പ അളക്കാനുള്ള ഒരു അസിൽ പാത്രം ഉണ്ടാവില്ലേ ഇതാണ് മെയ്യാറ് മാനദണ്ഡം എന്ന് പറയുന്നത് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വായന മാനം എന്ന് പറഞ്ഞാൽ ദണ്ണം എന്ന് പറഞ്ഞാൽ അളവ് കോലി നമ്മൾ സ്റ്റേജായിട്ട് വെച്ചിന് അളക്കാൻ വീട്ടിൽ പോലും വീട്ടില് പോലും അളവിന് വേഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ബെറും അതിന്റെ പേര് ബെറുംണ്ണം അളവ് രേഖപ്പെടുത്തി എന്നിട്ട് ഈ അഞ്ചുണ്ട് എന്ന് പറയും ഇതാ മാനദണ്ഡം അളക്കാനുള്ള ഒരു ഒരു പാത്രം ഉണ്ടാവും അത് മറ്റൊരു മാനദണ്ഡത്തിന്റെ മറ്റൊരു പകപ്പം തൂക്കളുണ്ട് കട്ടുണ്ട് അത് ഈ തൂക്കത്തീത്തണം അപ്പോൾ നെഴിയാറ് വാൻ ഡാക്കിലാകണം ആ അളവ് കൊണ്ടുണ്ടാക്കണം ഒരു മനുഷ്യന് അളക്കണം എന്നിട്ടോ നീ അവന്റെ തൂക്കി കൊടുക്കണം മീതാനി പഹമി അവന്റെ പെഹമിന്റെ മീതാനി എടുക്കുക തട്ടിലെച്ചിട്ട് അത്രയാണ് തൂക്കിന് കൊടുക്കുക അതിന്റെ അപ്പുറം എടുത്ത അവനിക്ക് കൊണ്ടുലാ അതിലോട്ടല്ലേ പഹമേ എന്നിട്ടോണ അത്താ തലമെന്നു അവനെ തൊട്ട് നീ തരാമത്തായും വേണം എന്തൊക്കെ നിന്നെ കൊണ്ട് ഓനക്ക് ഉപകാരം കിട്ടിയും പോണം ഓന്റെ ചെറുത് നീക്കുണ്ടാകാനും പാടില്ല അങ്ങനാക്കാത്ത പക്ഷം വക്കാൽ കാറു മറ്റേ വക്കിൻകാറു വരാൻ തുടങ്ങും വലിയ തരത്ത് വയക്കോടും ബിരിയുണ്ടാവും ഓരോന്ന് കേട്ടിട്ട് പോയിട്ട് ഓൻ ഓണിക്ക് ജയിച്ചവർക്ക് ഓർക്കൊടുത്തിട്ടുണ്ടാവും എന്നിട്ടാണ് മൂലാർത്ഥ എങ്കിലെ പറഞ്ഞത് അതുകൊണ്ട് ഈ നയ്യാറ് വ്യത്യസ്തങ്ങളാവില്ലോമാക്കളോട് ഒരു താരം ചോദിച്ചപ്പോൾ പലം മിജിത് മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോ ചോദ്യ നിർത്താ വന്നാ പറയുന്നറിയോ അമിരൂള്ളാഹി തന്നീവന്റെ അല്ലേക്ക് കാല തങ്ങം പറഞ്ഞിട്ടുണ്ട് മങ്കാമത്തി ഒരാൾ മറച്ചുവെച്ച് നാഥിയ ഇൽമിന എന്ന കിരാമന്നാളിൽ വരുമ്പോ നരകത്തിന്റെ ഒരു കടിഞ്ഞാൻ ആരെ വായിക്കുണ്ടാകും ഈ മറച്ചു വെച്ച പോലാൾക്കാരെ വായിക്കുണ്ടാകുമോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടെ നിങ്ങൾക്ക് കടിഞ്ഞാൻ കിട്ടും വേം മുൻപിക്കുവന്നോ എന്നാലും അറിയുന്നത് കഴിക്കാൻ വന്നാള് പക്കാലോറ് പറഞ്ഞ് ഏ ഉത്രല്ല കടിഞ്ഞാനാടെ വകബബ് പോയിക്കോ കടിഞ്ഞാനാടെ വിട്ടിട്ട് വേം പോയിക്കോന്നു ഞങ്ങൾക്ക് ഹരീന നിസാരാക്കി എന്നല്ല പൈചാ മഞ്ഞു അതിനെ തിരിയുന്ന ഒരാള് വന്നിട്ട് പക്കത്തം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും ഈ കടിഞ്ഞാണെ വായിക്കാൻ ആ നീ അർഹനല്ല തിരിയുന്നു വന്നിട്ട് മറച്ചു പെട്ടെന്ന് കഴിഞ്ഞാൻ ഇട്ടോട്ടെ ബായിം ചെയ കഴിഞ്ഞ നട്ടന്റെ വെച്ച കൊണ്ടപ്പോണ്ടാവും കാരണം പക്കത കാലത്തൊള്ളം ആ താല വല സുതു വാഴക്കും തുപ്പഹാന്ന് പൈസ കൊടുക്കാൻ പാടില്ലാന്നാ പറ അപ്പൊ പൈസനാക്കാണ് കടപ്പില്ലേ എന്ത് അപ്പൊ തുപ്പഹ എന്നെ പൈസ കൊടുക്കാൻ പാടില്ല എന്നാ ഓരോ വെളിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും തീർക്കൂ മഴ പടക്കം പൊട്ടികള് സുന്നത്താന്ന് ബോഡിപണി സുന്നത്താന്നുണ്ടാക്കി പൊതുവെ തീരുമാനിച്ചാലും വന്നില്ല കണ്ടു സുന്നത്ത അമ്പാലി പോയത്തക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോയത്തക്കാർ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് മുൻപ് എൽമു കൊടുക്കാൻ പാടില്ലാന്ന് വരും ആവൂല ഒരു എൽമ കൊടുത്തിട്ട് അതിനെ ഫസാദാക്കി അത് അവൻ ഉപകാരത്തിൽ എത്തൂലെന്ന് കണ്ടാൽ അതും കൊടുക്കാൻ പാടില്ലാന്ന് അവരെ കൊണ്ടും വരും ി അവകാശപ്പെടാത്ത അനർഹനായാക്ക് കൊടുക്കണം പുൽമാണ് ബി അക്കല്ല മിനി മുസ്തഹി അവകാശപ്പെട്ട് കൊടുക്കാതിരിക്കണം ഉന്മ രണ്ടും മുൽമന്യാണ് അർഹനയില്ലാത്താക്ക് കൊടുത്താലും മുൻപ് തന്നെയാണ് അത് കുറഞ്ഞ ബുദ്ധ ഒന്നുമല്ല ഇതിനേക്കാൾ അവകാശപ്പെടത്താ പട്ടാക്ക് കൊടുക്കാതിരിക്കില്ല കാരണം രണ്ടു മുന്മന്യം أَحصُورُ ذُرًّا بَيْنَ فَعَالِيَةِ النَّحَمِ فَأَطْغَا بَهَامًا فَأُصْبِئَ مَحْزُونًا بِرَاحِيَةِ الْغَنَمِ بِأَنَّهُمْ أَحصُوا بِجَهْلٍ قَدِرَهُ يَتَنَنَنَ يَذْهَ بِجَهْلٍ قَدِرَهُ وَرَأَى فَلَأَآنَ فلا أُذْهِ أَنَّ طُوقَهُ تَمِيكُهُ الْبُهَنُ فإن لطف الله اللقي في بلطفه وصادفت عهلا للعلوم وللهكم نشرت مفيدا واتفدت مضدة وإلا فمخزون لدياب مكتة فمما نحى الجهال منحان مجين ولا فمما نحى الجهال علما ألا عنو പറഞ്ഞതാണ് അത് വലിയ മഹാൻ പറയുന്നു അതിൻ്റെ അടുത്ത് കുറെ മുത്തുണ്ട് ഈ മുത്തു കൊണ്ടപ്പോ ഒരു നാൽക്കാതെ മൃഗത്തിൽ ഇങ്ങനെ വിതരണം മാം പറയുന്നത് അന്തർ തുറൻ പൈന സാരിഹത്താൻ അൻ നം നാൽക്കാരി മൃഗങ്ങളില്ലാടോ കുറച്ച് കൊട്ടദോ ഇതെല്ലാം നടക്കുന്ന ആ ആ മേഞ്ഞ് നടക്കുന്ന സാധനത്തിൽ കൊണ്ടപ്പോയിങ്ങനെ വിതരണമാണോ നിങ്ങൾ പറയുന്നു പിന്നെ ല്ലേ നീരെപ്പാക്കലും മഹദൂനൻ വനം നാട്ടിന് മേക്കുന്നവളെ കൊണ്ട് ഞാൻ മഹദൂനായില്ല ഞാൻ അത് നേരെ ഓഫിപ്പിയത് എന്താ കണ്ടെങ്കിൽ പശീനോട് അളിക്കൂസ് മറ്റേ എത്തിക്കുന്നല്ല നാൽക്കാലി വധകത്തിന്റെ താരീഹത്തിന്റെ ഇടയിൽ ഈ കൊണ്ടപ്പോയിട്ട് മുത്തി എന്ന പണിനാൽ ഞാൻ ആരാകും ഹാഗ് എന്നെ അവിടെ ഉള്ളത് ഹാഗാക്കുമ്പോഴൊക്കെ കളി പ്പുറം പൈസക്കാം അന്ന ഹുമോ അംസു അംസുണ്ട് അത് അംസൗ ഉണ്ടാവും മാനിയ തീൻ എങ്ങനെ വെക്കുന്നു തീന്റെ പത്രേ വായിക്കുന്നു ആഴത്തൗല്ലേ ചോദിക്കുന്നു ആഴത്തീ ആ ഹുമോ അംസൗ അംസു അപ്പൊ ഈ നൽകാല മൃഗങ്ങളോ ആട്ടിന് മയിക്കുന്ന കൂട്ടറും ഏത് ദുർറൈ മഹസൂര് സൂക്ഷിക്കപ്പെട്ടതായി ആട്ടിന് മയിക്കുന്ന ആ റായിനെ കൊണ്ടിട്ട് സൂക്ഷിക്കപ്പെട്ടതായി അപ്പൊ എന്താ എന്റെ കൈമാരൊരു മുത്തുണ്ട് ആ മുത്തും ഉണ്ടപ്പോ നാൽക്കാലി മൃഗത്തിന്റെ അളി ബദരി അത് ഒട്ട് സൂക്ഷിക്കുന്ന ആൾ ആര് യാട്ടിനു വേണ്ടി ഇടയം മാറും അപ്പൊ അവിടെ ശരി പാസ്സുമ്പോ ഹാങ് ആക്കി പേര് അതെ അവർക്കറിയാം മുത്തിന്റെ വല അംസവ് ബിജഹിഡിന്റെ കതിരി ഈ ബദരി കൊടുത്ത മുത്തിന്റെ കതിറിനെ ജഹിരുമായിട്ടാണോ വൈകുന്നേരം കഴിച്ചുകൂട്ടുന്നത് അതുകൊണ്ട് ആ മുത്തിന് ഞാനുണ്ടാക്കില്ല മുണ്ടാ പ്രാണികൾക്ക് ഗത്തി കെട്ടിക്കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല അതാത്താൻ ലുത്തഫ് ചെയ്യട്ടെ നീ ലുത്ത അവന്റെ ലുത്തുകൊണ്ട് ലുഫ് ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ അവൻ ലുഫ് ചെയ്യുകയാണെങ്കിൽ ഹിക്കമത്തിനും പറ്റി ആടാൻ എനിക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ എന്നെ ജവാബ് വരണ്ടേ ഞാനെന്താക്കും അതിനെ പരസു മുഖീരൻ മറ്റേ ഉപകാരം ചെയ്യുന്നവനായിക്കൊണ്ടിന് ഹാലൻ്റെ അല്ലെ ബദ്ധൻ ആ അഹിലായ വക്കൽ നിന്നും അവദ്ധത്തിന് എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും ഞാൻ മുഹീതുവാണു മുസ്തീതു ആണ് അവനിക്കു ഞാൻ ഇന്മല പറഞ്ഞു കൊടുക്കും അവൻറെ വക്കൽ നിന്നും അബദ്ധത്തിന് എനിക്ക് എന്താക്കും ഇങ്ങോട്ട് ചെയ്യും വൈല്ല അങ്ങനെ ആളെ കിട്ടൂലേ കിട്ടൂലെങ്കിൽ ആ ഉനോമകള് എന്തായിരിക്കും മഹസൂനാണ് ലതയ്യ എന്റെ അടുക്കൽ മഹസൂനുമാണ് മുത്തത്വമുമാണ് ലതയ്യ എന്റെ അടുക്കൽ فممانا الجرحال علما جرحالا من ذلك علما علما رجال الله هو أفراد رضي وحيه فممانا المستوجبين أفراد عشر برتبطة تغدنا له فقد الله لما أعظى الله علينا ونجيه لأنه نمس لام حل وليفة الثاب يكون علامة وليفة أن المتعلمة القاصرة مستفرانا شريعا بإستيارة للدور ആ മുട്ടിമ് ജംബി ആവശ്യമാണ് അവൻ അനുയോജ്യമായി ജലീയായ കാര്യങ്ങൾ ആദ്യം ഒറ്റ വിട്ടു കൊടുക്കണം അവനാണ് മച്ചർ തന്നെ ജലിയിൽ നിന്ന് ഹത്തിയിലേക്ക് വ്യക്തമായ വ്യക്തമായേക്ക് കടുപ്പം കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് ഏഹ് മസ്തുവക്കളിൽ നിന്നും മായനവിയിലേക്ക് ഋഷി മെച്ചാണെങ്കിൽ ജലീൻ തന്നെ നല്ലോ ആദ്യം രാജ്യക്കാര് ജനിക്ക ഒരു കാര്യത്തിൽ കൊണ്ടുവരിക അതിൽ നിന്ന് പഠിച്ചു കൂട്ടി ഉറപ്പിച്ചിരുന്നാലും എല്ലാം അപ്പറത്തേക്ക് കെട്ടി കൊടുത്തു അതായത് അടുത്ത് ചീ കത്തി കാണന്നില്ലെന്ന് അതെ തന്നെ കൊട്ടിയുംപറും ബക്കുലാങ്ങളെ ഒരു കളാസിന്റെ അണ്ടെടുക്കണോ ചെപ്പിളി പൊടുക്കണ്ടെന്നൊക്കെ ഉണങ്ങിയതായിരിക്കും പോണേ ഒണങ്ങി ചിപ്പിളി പൊടുക്കുകയാണ് അന്നേരം കത്തു അങ്ങനെ ആക്കിയാക്കി ചീപ്പിട്ട് ഞാൻ കത്തിക്കൊണ്ടിരിക്കുമോ അയ്യോ കൊറച്ച് നനനെ ചിപ്പിളി പൊളിക്കാലും മതി ഒരുപാട് നടുമ്പനുണ്ടെങ്കിൽ ഒരുപാട് ചിപ്പിളി എന്നല്ല അയിങ്ങനെ ചൂടെട്ട് മാറി കൊണ്ടുക്കുമ്പോ കത്തി കൊടുക്കും അങ്ങനെ കൊറച്ച് ഉണങ്ങി വെറുതെ കൊള്ളി വെക്കുക വെച്ചി വെച്ച് വെച്ച് പിന്നെ ആടെ പണ്ട് നമ്മളെ ആടെ മുൻമുട്ടി അടക്കത്തെ കുട്ട വെക്കുക ഒരാളെ കൺപൂരി ഉണങ്ങൂട്ടു അടുക്കട്ടെ കുട്ടിയും കൂടെ നിന്റെ കീച്ചിട്ട് ഇങ്ങനെ കുത്തരെ വെച്ച് വരും അത് ഗോതയിൽ വെച്ചടക്കാൻ സ്വീകരിച്ചറി പിന്നെ കസ്തൂരി എല്ലാം വീട്ടും പോലും ഗോതന്റെ അഥ കഴിയാറു ജലിയായ കാര്യം ജലീന്ന് പറഞ്ഞ വ്യക്തമായ തിരിഞ്ഞ നല്ല കാര്യം അതിട്ട് ായ നല്ല മസലടിച്ചോ മല യെതു ലഹുറ അതിന്റെ അപ്പുറം പറയാൻ പാടില്ല ചതുക്കേക്കൻ എടാ തടസ്ത അതിൻ്റെ അപ്പുറം പറഞ്ഞത് ആ എന്നറാ തതുക്കേക്കൻ ഇന്നപ്പുറം ചതുക്കീക്കുണ്ട് പറയാൻ പാടില്ല അങ്ങനെ തോന്നും അതോണിക്ക് പറഞ്ഞ രണ്ടോ പൂത്തി വെക്കുന്ന തോന്നി ഉം ഇന്നതാണിക്ക് റഗുബത്തഹു അന്ന് എന്താക്കുന്നുണ്ടോ ഓനെ റഹുബത്ത് ചുരുങ്ങും കീഴിൽ ജലീലി റഹ്ബത്തിണ്ടാവില്ല എനിക്ക് അതും കണ്ടെന്ന് ഞാൻ പൂത്തി വെച്ച അതാ കൊണ്ട് ഞാൻ പറയുന്നുണ്ട് വൈഷം വിശ്വാനി കൽബഹു കൽ ജലിയൊരു ദക്ഷിവിശാക്കിപ്പോ യോഹിമീഹിൻ മുഖലമിഹിയു ഓനിക്കെന്തോ പഠിപ്പിച്ചു കൊടുക്കാണ്ട് വസ്യന്തരം കാട്ടും എന്തും എന്താക്കും ഒരു ദക്ഷിദ്ധാരണയും വരുമോ തിന്ന ഇത് അഹുല്ലു കുല്ലു അഹദിൻ അന്നഹു അഹലല്ലിക്കുല്ലി എൻപിൻ ദസൈക്കൻ ഓരോ കുട്ടിയും വിചാരിക്കുന്നുണ്ടെന്നറിയോ എല്ലാ ദശയിക്കായി ഇമ്പ് പഠിക്കാതെ ഞാൻ അഹലായിട്ടുണ്ടെന്ന് ഓരോരുത്തരും അവനവനത്തിന്റെ തോന്നലുണ്ടായിരുന്നു ആ തോന്നലിനാണ് ഉത്താദാനിക്ക് ചേർന്ന് പഠിപ്പിച്ചേരാണ്ട് മോനെ തോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊരു فما من احدن ارا لو الا الا بحوارا ان الله سبحانه وتعالى في كمالي اكله കണ്ടോ Allah to tom perthapondade akeliya kamalila nenne paduthundanu oro thondavade keni kodunu aarum paranda enik akeli pole undadenu nancha vesham illa akila nallahu mundu perthapottitta keni kodunu la wahasadhum hamaqatan wa ad'athuhum akalan അക്കലാൽ ഏറ്റവും കുറഞ്ഞാളും ഹെമാക്കത്തേറ്റം കൂടിയ ആളും ആരാന്നറിയോ അപ്പുറം ഇവന്റെ അക്കര് കമാലായിട്ടുണ്ട് എന്നിട്ട് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ആൾ എന്റെ അച്ഛനാണ് ഏറ്റവും കമാലെന്ന് വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു ഓൻ ആരാണിപ്പം പറഞ്ഞത് അക്കലാലേറ്റം ഉണ്ടായി ഇപ്പം ഹെമാക്കത്തേറ്റം കൂടിയ ആളും ഓനാണ് അതുകൊണ്ട് അത്ത കാവിലായ അക്കലായത് കൊണ്ട് പഠിക്കാൻ എനിക്ക് അർഹനുണ്ടെന്ന് ഓൻ മനസ്സിലാക്കി അപ്പൊ ചിലത് പഠിപ്പിച്ചുണ്ടെക്കുമ്പോ പുസ്തകം എന്താക്കുന്നു ം കാട്ടുന്നുണ്ട് ചിലതൊന്നും പറഞ്ഞില്ല ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുക ഈ ഏഴാമത്തെ ഈ പറഞ്ഞില്ലേ ജലിയും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താ ഈ നല്ല ചട്ടം വട്ടത്തിൽ ചെയ്തു കൂടുന്നുണ്ട് തക്കയ്യുത എന്നെ അതിലെ വിട്ടുകിടക്കണമെന്നില്ല എന്തുകൊണ്ട് കൈദീഷ്ട ഷെറൈന്റെ കൈതുകൊണ്ട് അവനെ ആറാമൊന്നും ചെയ്യുന്നില്ല തട്ടിപ്പും പട്ടിപ്പൊന്നും ഇല്ലാണ്ട് ഷെറായിന്റെ ആകെ ചട്ടക്കൂട്ടി തന്നെ ഒതുങ്ങി കഴിഞ്ഞുകൂടുന്നുണ്ട് അപ്പോൾ അസഹസിന്റെ നത്തി അവന്റെ നില ഉറച്ചിട്ടുമുണ്ട് അല്ലക്കായുധ മണസൂറത്ത് അനിസ്ഥല സ്ഥലപ്പുസ്താലോട്ട് ബാധിതായ കുറെ അക്കായുധികൾ അവന്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് അപ്പൊ അവന്റെ നന്നായി പുറവസി നന്നായി നല്ലേ മിൻമായിലെ തസ്ബീൻ ഓൻ തസ്ബീ ഒന്നും വിശ്വസിക്കുന്നില്ല മിൻമാരിയുടെ തകുബീലിൻ തകുബീലൊന്നും ഇല്ലാതെ കണ്ട് ഇങ്ങനെ വിശ്വസിച്ച് പോരുന്നുണ്ട് ഓൺ ഹസുനമായതാളിച്ച ശരീരത്തും അതോടൊപ്പം ഓന്റെ സ്വകാര്യ ജീവിതം വളരെ മെച്ചപ്പെട്ടതുമാണ് അപ്പൊ ഇനി ഓന ഒന്നും പറയേണ്ടല്ല ആടെ കൊണ്ട പോയിട്ട് അക്കീട് ഇളക്കി മറന്നിട്ട് ഫിസിഡൻഡക്കാൻ പാടില്ലെന്നാ പറയും അങ്ങനെല്ലാം കണ്ട് നോക്കുക എന്തെല്ലാം പറഞ്ഞ് കൈ ദിവസമായി കൊണ്ട് ഒൻ തക്ക ഇതായി ജീവിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ടിട്ട് വാരിതായ അക്കായതുകൊണ്ട് മനസ്സിൽ ഉറച്ചിട്ടുണ്ട് തസീഹോ തകൃതിയിലുള്ള മനസ്സിലൊന്നും പിന്നെ ഓന്റെ ശരീരം വ്യക്തിജീവിതം അത് നന്നായിട്ടുണ്ട് വനം ഞെട്ടമില്ല അക്കോ അക്ഷരം ഇല്ലാലേ ഇതിന്റെ അപ്പുറം പറഞ്ഞു കൊടുത്താലോണ്ട് അക്കന്റെ താങ്ങാൻ കഴിയൂലെന്നും പറഞ്ഞു എന്നാ പല അനമ്പ അശംബിച്ചാലേ ഏറ്റി കാതവും അവൻ ഞേറ്റ് കത്തിപ്പൊളിച്ചിട്ട് അടാ പ്രസാദ് ഉണ്ടാക്കാൻ പാടില്ല എന്തിനാണ് അവസാദുണ്ടാക്കേണ്ടത് അതിനപ്പുറം പറഞ്ഞിടത്താണ്ടാവും ബുദ്ധി എത്തൂല ബുദ്ധി എത്തുമെങ്കിലേ ശരീരം പകരം ഇങ്ങനെ കൊണ്ടപ്പോയിരുന്നു ഓന്റെ അവ സ്വകാര ജീവിതത്തിലും മോശയിലാഹിൽ ചിറ കൈതിന്റെ എന്താ ചിറന്റെ കൈത് കൊണ്ട് മൊത്ത കൈതാണെന്നല്ല തീ ധനിക്കുന്നുണ്ട് പിന്നെന്തിനാടെ കൊണ്ടപ്പോ പ്രസാദ് വാറുണ്ടാക്കുന്നു അതുകൊണ്ട് പല ജന അഷം വെച്ചാലേ ഈ അഗ്നിക്ക് കാതിൽ ഉണ്ടാക്കാൻ എന്ന് ഈ പറഞ്ഞതിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഹു അവനോടെ ജോലി മാറ്റി കഴിഞ്ഞുകൂടിക്കോട്ടേതെങ്കിലും വിടണം എന്താ ഫൈന്നഹു കാരണം വണ്ടി ഇൻഹല്ല അന്നു കൈതുവാലം യഥേത്തത് കൈതു ഹോമി കൈദവാസിവാസി നല്ല ഹൗദി നല്ലത് കവാസിനെ സൗന്ദിനായിപ്പോയിവിടെ കവാസിന്ന് പോണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവനോട് നാഗരന്റെ കൊറേ തെളിവില്ലാത്ത എല്ലാം പറഞ്ഞു കൊടുത്ത് എന്നാലെന്താകുന്നറിയോ ഓനിക്കൊരു തോന്നലുണ്ടാമൊന്നും അല്ലാന്ന് എന്റെ അമ്മ ഉത്തുപം മാറി എന്നൊരു തോന്നൽ തോന്നി ഉത്തുപം മാറിയെന്ന് തോന്നിയാല് ഇവിടുന്ന് വെടിയും ചെയ്ത് അപ്പുറ കവാസിലെത്തിയാ എത്തില്ല അവ പണ്ട് അസീസിനൊക്കെ പറഞ്ഞാണെങ്കിൽ കാക്ക ഉണ്ടാക്കി നീ വയനത്തിന് അസം പഠിക്കാൻ വേണ്ടി കൊറേ കൊല്ലം വിലക്കിട്ടോ അങ്ങനെ കുറെ കല്ല് പെരുക്കെട്ടിയുടെ തുള്ളരി ഒന്ന് മറന്നുകിട്ടി പുതിയ നടത്തം പുറത്തിട്ടില്ല അപ്പൊ അതുമില്ല ഇതുമില്ല ചൊക്കിലെ കല്ല് വീനും പോലെ എറിഞ്ഞ കല്ല് എന്ന് പറഞ്ഞാൽ മാറി കേവാമിന്റെ പണിയിൽ ഞമ്മൾ മുട്ടിരിക്കുന്നു എന്നൊരു തോന്നല് തോന്നി ഹവാസിലെത്തിയ എത്തിയിട്ടില്ല ഇത് കണ്ടപ്പെട്ടതല്ലേ പറഞ്ഞോ അല്ല അപ്പൊ മറ്റവർക്കൊന്നും കൃഷിയാക്കി ഞങ്ങളൊന്ന് കിട്ടിയിട്ടുണ്ട് അവനമ്മ ഭേദപ്പെട്ടവർന്ന് ഹവാസന്ന് ഹവാസായു ചുറ്റും തോന്നിയും ചെയ്തു അങ്ങനെ വന്നാ ഇൻഹല്ല അന്ന് അവാം എന്ന ആ കെട്ടുപൊട്ടി വനം യഥൈസ് ഹവാസിന്റെ കാര്യം കൊണ്ട് ഓലം മറിച്ച് കെട്ടാനിട്ട് കഴിഞ്ഞതുമില്ല പിന്നെ ഓൻ കഴിഞ്ഞാട്ടൊന്നും രണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അക്കെട്ടയച്ചാ പിന്നെ ഹവാസിന്റെ കെട്ടുകെട്ടണ്ടേ അത് കെട്ടിയിട്ടില്ല കെട്ടാൻ സാധിച്ചിട്ടുമില്ല അപ്പൊ ഉള്ള കടിഞ്ഞാ ബുടിയും ചെയ്ത് മറ്റേ കഴിഞ്ഞ ഇട്ടിട്ടില്ല അപ്പൊ മാസിയെ തന്നെയും അവന്റെ അടിയിലുണ്ടായ ഒരു കെട്ടങ് പൊട്ടിയിട്ട് ഇവ കടിഞ്ഞാവില്ലാണ്ട് ഓടുന്ന ആളായി അവാമിന്റെ കെട്ടുമില്ല ഹവാസിന്റെ കെട്ടുമില്ലാണ്ടായി വയങ്കലിബുപാലം അവനാന്ന് കുരുത്തക്കെടു കാട്ടെന്ന് മാറി അവന്റെ സ്വന്തം ഹലാക്കായി ഹൈറും ഹലാക്കായി തീർന്നു എന്താ നന്ദൊരു വൈശാഖ പറഞ്ഞ വെറുതെ എന്താ അതിന്റെ കൂടെ നമ്മൾ വലിച്ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ഠീര്യം ചെയ്തു ഉണ്ടോ ദരിതക്കാരെ ഒരു ഒരു കുറിച്ച് ചോർക്കെന്താ വ്യക്തി നമുക്ക് അപ്പൊ ഈ കാനൂനെതിരായിക്കൊണ്ടാണ് ക്ലാസ് നടക്കുന്ന പറഞ്ഞ പക്ഷേ വാക്കു ഇപ്പർക്ക് വാക്ക് ചുരുക്കിട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞില്ല ആ തസീമിന്റെ ഒരു പവറാണല്ലോ കാണുന്നത് എന്തെങ്കിലൊന്നും ഇഷ്ടപ്പെടാത്ത അവർക്ക് ഓർക്ക് പിടിക്കാത്തതും നമ്മക്കെന്തെങ്കിലും അതെന്നെ പോണമെന്നുണ്ടോന്ന് ചോദിച്ചു അതിന് മനസ്സിലാക്കിക്കൊണ്ടോ അത് അത് അംഗീകരിച്ചത് പോക്കല്ലാന്ന് ചെപ്പേ എന്തിനാ പോകുന്നു തീവണ്ടിക്ക് തീവണ്ടിക്കലിനെ പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂജ്യമില്ല എങ്ങനെയും പോയാലും പോയാൽ അങ്ങനെ ബാക്കി ഉണ്ടാവില്ലേ ഇങ്ങനെ അപകടം പറ്റൂന്നാണ് പറഞ്ഞത് ഇതെന്ത് വേണം കൊണ്ടല്ലാ അതൊന്നും ചർച്ച കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നോക്കി വേണ്ട എപ്പം എന്തെങ്കിലും താലീമിൽ ഇബാദാത്തി ഇബാദാത്തിൽ അല്ലെങ്ങനെ ചെയ്യണം എങ്ങനെയല്ല വാക്കില്ലാതെ ദത്തം തീർക്കിനെന്തും മുതലായവ മട്ടം പോലെ ചെയ്യാൻ വേണ്ടിയുള്ള ആ പഠിപ്പിക്കൽ ഉടുപ്പിച്ചുകൊടുക അപ്പൊ താലീമിൽ അമാനത്തിന അവരവർ ചെയ്യുന്ന ജോലികളിൽ അമാനത്തിന് എപ്രകാരം വേണം എന്നുള്ളതും പഠിപ്പിച്ചു കൊടുക്കാം നിങ്ങൾ ചെയ്യുന്നൊരു ആ പണി എങ്ങനെയാണ് അമാനത്തിനകത്ത് സൂക്ഷിക്കേണ്ടത് അമാനത്തിന്റെ ചതിന് മോട്ടിൽ വരയക്കാന്ന് സൗദാനാന് ചർച്ച പറഞ്ഞ അമാനത്ത് മാത്രം യുദ്ധത്തിൽ അറിയത്തും അമാനത്തോ പൈന ഭാഗത്തും പറഞ്ഞ് അറിയത്തും അമാനത്തവനുള്ള കൂടി സൗളാൻ ഉള്ള പദ്ധതി പറയാൻ പാടില്ല ഹക്കായിക്കൽ ഉണ്ടല്ലോ അത് ിക്കുക അതോടൊപ്പം തന്നെ ചെയ്യുന്ന തൊഴിലുകളും ജോലി ഉണ്ടല്ലോ അതിന്റെ അമാനത്ത് കാത്ത് സൃഷ്ടിക്കണം നിങ്ങൾ തവണയും ആ പിന്നെ അടുത്തു ദൂക്കത്തിന് കുറച്ചല്ലേ കുറെ സൃഷ്ടിക്കണേ പരിശായിപ്പോലെ ഇങ്ങനെ വൃത്തിക്കുന്ന അമാനത്തിൽ എങ്ങനെയുള്ള സനാഹത്ത് അല്ലത്തിയാ ഓരോരുത്തർ മതിലാന്ന് കഴിച്ചു കൊടുക്കുന്നു దత వయమ్ నక్లుబుహుం మిన్ రఘబతి మ రఘబతి ఫిల్ జన్నతి వన్ నార్ దఫిషర మురతబైతు వచిల్లాం అనొచ్చాలో అవ రకల్బిని ఎనొర్చ కొడుకణం రఘబతిలమ్ రఘబతిలు ఎందిలేకి ఫిల్ జన్నతి ఎర్ది కొడుకణం రఘబతిలే కొడుకణం రఘబతన్ నార్ నేదు కొడుకణం అబ నరగతిని పెట్టి వేడియం స్వర్గతిని పెట్టి రఘబతు ముണ്ടാగన కార్యం ఉందాగణం అలా కల్బు నొర్చ కొడుక ശുഭത്തിനെയും ഇളക്കി വിടാൻ പാടില്ല ശുഭത്തിന് ഇളക്കി വിട്ടാൽ എന്താവുന്നറിയോ പൊറിന് ഉറുബമാലേയും പിന്നെ അത് ദൂരീകരിച്ച് കട്ടയിച്ചുകൊണ്ടപ്പോൾ പ്രയാസായിട്ട് വരും പ്രയാസം വന്നാലോസ്കരിച്ചു ഓൻ അലാചരി കെട്ടു ാക്കലിന് മൂല കിട്ടാൻ കിട്ടുന്നുണ്ടാവില്ല നിങ്ങള് ബാബുണ്ടല്ലോ ഓരോ വിഷയത്തിൽ അച്ചക്കിടലി അതിന്റെ ബാബ് തോർക്കാനെ ബോളിന്റെ പ്രത്യേകം പുത്തൻ തരീക്കത്തുകാരോട് പറയും ഓർക്കാൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വെച്ച് അങ്ങനെ വന്നാൽ എന്താവുന്നറിയോ ഓർ പണി മുടക്കിട്ട് ഇവിടെ തന്നെ വന്നിരുന്നോ ഇന്ന് ക്ലാസ് ഉണ്ടോ ഓരോന്നിനും പണിയും മുടക്കിട്ട് ഇവരും കൂടിയെല്ലാം എന്താണ് പുതിയ പുതിയ പുതിയ അറിവുകൾ കേൾക്കാൻ വേണ്ടി ഉം അങ്ങനെ ജനങ്ങൾക്ക് അരി കിട്ടാണ്ട ബുദ്ധിമുട്ടോ മീമാങ്കാണ്ട് അത് അതിന്റെ അന്ന് ഞമ്മക്ക് കൂട്ടാൻ പെക്കാന്ന് കിട്ടിയിട്ടുണ്ട് എന്തല്ലോ ഉപ്പെല്ലാം മുറിച്ചിട്ട് കൂട്ടാൻ പറ്റില്ല നല്ല ഓണം പെയ്ക്കാനും കാത്തു വന്ന് ചുവക്കറിപ്പിന്റെ കൂടിയും ഉള്ളിലെല്ലാം മുറിച്ചിട്ടിട്ട് ഒരു കറി ഇതാണ് നടക്കല് അപ്പൊ ഹുബത്ത് കാലിയും സനാട്ടവും ഓറണ്ടാക്കുന്നോ പണിയെല്ലാം മുടക്കിയിട്ട് വരും അല്ല തീവാമുൽ ജനങ്ങൾക്ക് ഓരോ ജീവനം നടക്കേണ്ട അതിനെക്കൊണ്ടാണ് ഖവാസ്വാസിന്റെ ആഴ്ച മന്ദിന്റെ മുകളിൽ ഓർ എടുക്കുന്ന പണി കൊണ്ടിവിടെ പല കാര്യം നടക്കാനുണ്ട് എല്ലാം പൂത്തിക്കെട്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി മന്ത് വന്നിട്ട് കുത്തിരിക്കു ഓർക്കൊന്ന് കാര്യം ഇങ്ങനെ എട്ടാമത്തെ വദീഫ് എന്താണ് ഇവൻ പറയുന്ന ഇവൻ തന്നെ പൊളിക്കുന്ന ആളാകാൻ പാടില്ല അഞ്ഞക്കൂരൽ അമിലം ഈ മാലിമാരായിരിക്കണം പറഞ്ഞുകൊടുത്ത് എൽമുകൊണ്ട് അമൽ ചെയ്യുന്നവനാകണം അപ്പൊ ഫലായുദ്ധത്തി കൗലുഹുലഹു കൗലഹുഹു എന്നല്ലേ കാരണം കൗലിന്റെ പാപ്പിയിലല്ല നോക്കാം കൗലിന് യാതൊരു കുഴപ്പമില്ലല്ല ആ കൗലിനെ പേര് കളവാക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നു നമ്മടെ പന്തികൾ എന്തിനിലല്ലേ പന്തികള് അപ്പൊ അതല്ലേ മുക്കജീബ് ലിയന്നിൽമ കാരണം ഇൽമ ഇതൊക്കെ ബിൽ ബസാരി ബസായിര കൊണ്ട് ഇൽമിന് ഇതിരാക്കി ചെയ്യുന്നു മൽഅമിൽ അബസാർ അമലോ അബസാർ കൊണ്ട് ഇതിരാക്കി ചെയ്യപ്പെടും അബസാർ ഈ ലാഞ്ഞറായ കണ്ണുകൊണ്ട് നോക്കുന്ന കൂട്ടതാണ് അക്കസർ കൂടുതലുള്ളത് അപ്പൊ നിങ്ങളെ പണി നോക്കിയിട്ടായിരിക്കും നിങ്ങൾ എലിമിനെത്ത സ്ഥാനം എൽമെന്നുള്ളത് ബസായതുകൊണ്ടാ നല്ല പണി എന്താ തെളിവെന്ന് ജയിക്കണ്ട എന്തോ തെളിഞ്ഞിട്ടിരിക്കൽമ ബസായത് കൊണ്ടാ കിട്ടൽ സമ്മതിച്ച് അമലോ അബുസാർ കൊണ്ട് കിട്ടും പക്ഷേ അധികം ആളുകളും ബസ്തുകൊണ്ട് നോക്കിയിട്ടാ വിലയിട്ടു നിന്നു അപ്പൊ അമലുൽ ഇൽമിനോടെതിരായിക്കൊണ്ട് അമല് വന്നാ എന്താക്കും മന പ്രസിദ്ധ അതുകൊണ്ട് പ്രസിദ്ധത്തിൽ കടഞ്ഞൊളഞ്ഞു ഏ ഇത് ഇവർക്കെന്റെ വിശ്വാസമില്ല അപ്പോ ഓറ് പറഞ്ഞ ഓർത്തിരുത്തന്നെ വക്കുൽമം തനാവല ശൈൻ ഒരാൾ ഒരു കാര്യം ഉപയോഗിച്ചു വക്കാല ഇല്ലാത്ത ജനങ്ങളോട് പറാത്ത തനാമുലു ഏ അതിങ്കാളുപേക്ഷക്കല്ലേ കാരണം തൊമ്മും മുഹൂരിച്ചോൻ അതിന് കരുമമ്പായി ബശനുണ്ട് മാരകമാണ് എന്നൊക്കെ പറഞ്ഞാല് സഹ എന്താ സുഖി ജനങ്ങളെല്ലാം കൂടെ ഇവൻ എന്താക്കും രോഗിയാക്കുന്നത് കള്ളുചാപ്പിലെ കണ്ടുപിടിച്ചു ആരോ ഹാനിയായ രോഗിയാക്കു ജനങ്ങൾ ഇവരെ തെറ്റിദ്ധരിച്ചു എന്തെന്ന് നമ്മളോട് മാത്രം വേണ്ടെന്ന് ഞങ്ങൾ മാത്രം എടുക്കുമ്പോ ഞമ്മക്ക് പറ്റാത്ത മോനിക്ക് മാത്രം തട്ടിയെടുക്കാൻ രണ്ടോ അനുകൂലി ഇരുപത് രണ്ട് ഇതും അതുകൊണ്ട് ഞമ്മക്കൊന്ന് ഉപയോഗിക്കുന്ന പൊതു ഞണ്ട് അവർ വിരോധിക്കപ്പെട്ട കാര്യത്തിലോടെ ഹെസ് ഉണ്ടാക്കും വർദ്ധിക്കുന്നതാണ് ൂനൗലാനുംമാക്കാൻ വസ്തുക്കളകൂട്ടത്തിൽ ഏറ്റവും സജീവം ഏറ്റവും രുചികരമായിട്ടില്ലെങ്കിൽ ഓറെ തൈലെടുക്കൂലായിരുന്നല്ലോ എന്നാണ് ജനങ്ങളെ പോക്ക് ഇതായിട്ട് തേടി വിരുന്ന മുസ്തർസിദീകളും ഈ മുർഷിദായ മുഹല്ലിമൻ തമ്മിലുള്ള ഉദാഹരണം എന്ന് പറയുന്നില്ലല്ലോ മസല കളിമണ്ണ് ഗോയത്തിൽ നെക്സ്റ്റ് വരക്കും പോലെയാണ് അത് ആദ്യം വരച്ചിട്ടങ്ങൾ ഉറച്ചിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കേണ്ടി തീരാ സിമെന്റ് ഇട്ടിട്ടെന്നാൽ അതിനൊണ്ട് കൊല്ലിയൊണ്ട് ഇങ്ങനെ വരയ്ക്ക് സിമെന്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ നീ വര വയ്ക്കേണ്ടി നോക്കിയെ എന്നതുപോലെ ആ ഇവന്റെ പക്കുന്ന പകർന്നു എന്താണോ അത് അടങ്ങിന്റെ വർക്കിട്ടീരും അതുപോലെ ഒന്നിൽ മിനാൻ ഊതി ഒരു കൊള്ളി കുഴിച്ചിട്ട് ആ നെല്ല് പോലെയാണ് ഇത് തമ്മിലുള്ള ബന്ധം പോലെ ഉണ്ടാവും കൊള്ളിന്റെ വലിപ്പവും അതിന്റെ വളവും അനുസരിച്ചിട്ട് നെല്ല് സ്ഥാപിച്ചിട്ടുണ്ടാവും ഇപ്പൊ പക്കം ഇപ്പൊ എന്തൊക്കെ ചിപ്പ് ഇതിന് വിമാന നെക്സ് അഫീനി ഈ സ്ക്രീനിൽ എങ്ങനെയാണ് നെക്സ് പതിക്കുക ഒരു സാധനം കൊണ്ട് അതിൽ ഓനിൽ നെക്സില്ല രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ നെല്ലി എപ്പം നേടിയാകാം വെൽ റോഡ് ആയപ്പോ കൊള്ളി വളഞ്ഞെങ്കിൽ കൊളിതാലിക്കൽ മന لا تنهى عن خلق وطغطية مثله عرن عليك إذا فعلت عليم لا تنهى لا نسهن وجهن وطوكلا لا تنهى نيب جودك الله عن خلق خلق خلق نسهن يسرى تل وطغطية مثله عدلت لما يخلق ليه قلت ويرنوند عندما أضمع عليه آر إلا فعل تفرق هذا الشيطان الضوء دريه وآر نظيم عليك من نمش بمبش شاتيم الضوء تيرون في الكرام وقال تعالى تغمرون الناس من الضر و تنصون أنفسكم جدنقلون من المغلبك الماء لأنه صندوق داري مرضو غيرون صندوق داري مرضوك ولذالك كان غزر العالم في معاك يكتغ من غزر الجاهلين ഇതുകൊണ്ടാണ് ആലിമാ ഒരാളിന്റെ വിതിറുണ്ടല്ലോ അയാളെ മാസീയത്തിൽ ചക്തി കൂടും ആരേക്കാൾ ജാഹിലായ ഒരാൾ വിതിർന്നാക്കാം അതിന്റെ കാരണം എന്താണ് പിന്നിലുബായി ഇത് അവരോ അവരെ കൊണ്ടുണ്ടാക്കുന്നറിയോ ഒരുപാടാള് പിന്തുണമെറ്റ് ഒരുപാടാൾ വഴക്കാനുണ്ടായിത്തീരുന്നവര് ണ്ടല്ലോ ഒരാള്യ്യത്തായോ നടപ്പുണ്ടാക്കിയിട്ട് എന്നാൽ അതിനെ കുറ്റ ഓനിക്കുകൊണ്ട് അതാരാണോ പിൻവലിച്ചത് അവന്റെ കുറ്റം ഓനിക്ക് താങ്ങേണ്ടി വരും എന്നുണ്ട് വലുതാളിക്ക് കാല അലിയും റജുരാണി എന്റെ പുറമ്പൊളിക്കുന്നത് രണ്ടാളുകളാണ് എന്നെ പുറംപൊളിക്കുന്ന രണ്ടാള് ഒന്ന് ആളിമുട്ടഹിക്കുൻ ഒന്നും പാടിയില്ലാതെ പരസ്യമായി കുറ്റം ചെയ്യുന്ന ഒരു ആരും ഓനെ കൊണ്ട് വലിയ ശല്യം ഓണ എന്ത്രിക്കാനാവുന്നില്ല പിന്നെ ഓ ജാഹിര് മുത്തകിട്ട് മല്ലാടി ബാബത്തെടുക്കൽ എന്ന് പറയില്ലേ അങ്ങനെ കുറെ ജാഹികളും ഓർ ചെയ്യുന്ന ഇബാബത്തിന്റെ ഭസാദമൊന്നും പറയാനില്ല അതിടക്കാത്തരിക്കാവിലെ പുറപ്പെട്ടി വരുമോ നിക്കാരെ നിൽക്കാരം തന്നെ കുറ്റങ്ങൾ അറിയുന്നുണ്ടോ ഞാൻ കണ്ടിട്ടീരുമക്കാത്താണ് പൂനാങ്ങ ജാഹന മുത്തലസ് ഒരു ഭാഗത്ത് ആനുകൾ മുത്തഹത്തിക്ക് ഒരു ഭാഗത്ത് ചെറൈന അതിനെ മാന്യത കൽപ്പിക്കാതെ കണ്ട് മുത്തഹത്തിക്കായിട്ടെങ്കിൽ ജീവിക്കുന്നു അത് മറ്റെല്ലാവർക്കും വാങ്ങിക്കും ഈ ജാഹിർ മുത്തലസ്സുക്കുണ്ടല്ല ഇവന്റെ ഈ തലസ്തുക്കൊണ്ട് ജനങ്ങൾ വന്ധിതരാകുന്നു കാര്യമാർ എന്തെല്ലോ വിഭാഗത്തെടുക്കുന്ന ആളുകൾ നിങ്ങൾ എടുക്കാത്തെന്ന് വൻ ആണിമോ യോ ഗൃഹം വി തഹത്വത്തി ഇവന്റെ ഈ അതിരിപുട്ടി കിടക്കുന്ന കാരണത്താൽ ഈ ജനങ്ങൾ കുറവ് മറ്റൊരു ജീവിതത്തിൽ